आत्मना वक्तारं സത്യസ്യേ സ്വദൃശ ആത്മന ആത്മനൂനം വക്തീശ വിബുധേഷ്വക്ഷേ വിമോഹിതധിയാ തവമായേ മേ ബ്രഹ്മാദയസ്വനുബൃോ ബരർഭാവാ തസ്ഭവന്ത അനവദ്യമനന്തപാരം ഈശ്വരം അകുണ്ഠവികുണ്ടിഷ്യർവിണീ അഹമുഹവ്രജിതോ നാരായണം നരസഖം ശരണ പ്രപദ്ജീവന ഭഗവത് പ്രബോധം ഉണ്ടാവണമെങ്കിൽ ഭഗവത് അനുഭവം ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് ഭഗവത് പ്രാപ്തി വേണം എന്നുള്ള അതിതീവ്രമായ മുമുക്ഷത്വം ഭഗവാൻ അല്ലാതെ വേറെ ഒന്നും മുഖ്യമല്ല ബാക്കിയൊക്കെ കള്ളമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ് വേറെ ഒന്നും ഇവിടെ നേടാൻ ഇല്ല എന്നുള്ള അനുഭവം കൊണ്ടുള്ള തീരുമാനം ആ തീരുമാനം ആദ്യത്തെ പടി രണ്ടാമത്തേത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ ഏതെങ്കിലും ഭാവത്തിൽ ഒരു ഗുരുതത്വമായി പ്രകാശിക്കും ഗുരുവിന് എന്ത് ലക്ഷണം വേണം ഗുരു ജ്ഞാനമുള്ള ആളായിരിക്കണം ജ്ഞാനം ഉണ്ടായിരുന്നാൽ പോരാ അനുഭൂതിയുള്ള ആളായിരിക്കണം അനുഭൂതി ഉണ്ടായി ജ്ഞാനവും ഉണ്ടായാൽ സ്വതമേ തന്നെ അനുഭൂതിമാന്മാരായിട്ടുള്ള ആചാര്യന്മാർക്ക് ശിഷ്യനിൽ നിന്നും അല്ലെങ്കിൽ സമീപിക്കുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് അങ്ങോട്ട് കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ അഹൈതുക കൃപാസിന്ധു യാതൊരു ഫലയത്തെയും കൂടാതെ കൃപചൊരിയുന്ന ആള് ആര് സ്വരൂപജ്ഞാനോ ഉള്ളവനോ അവൻ സർവജ്ഞനാണ് ഇതൊക്കെ ഗുരുവിനുള്ള ഉപ ലക്ഷണം ശാസ്ത്രം പറയുന്ന ലക്ഷണം ശ്രോത്രിയോ അവ്രജിനോ അകാമഹോ യോ ബ്രഹ്മവിത്തമ ബ്രഹ്മണ്യുപര ശാന്തോ നിരന്ധന ഇവാനല അഹൈതുക ദയാസിന്ധു ബന്ധു ആനമതാം സതാം ശ്രോത്രിയനായിരിക്കണം എന്ന് വെച്ചാൽ വേദാന്തത്വം നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം അവ്രജിനാതൊരു അശുദ്ധിയും തൊട്ടു തീണ്ടാത്ത ആളായിരിക്കണം അകാമഹത ആഗ്രഹം തീണ്ടാത്ത ആളായിരിക്കണം ബ്രഹ്മവിത്തമഹ ബ്രഹ്മത്തിനെ നല്ല പെണ്ണം ഉണർന്ന ആളായിരിക്കണം ബ്രഹ്മണി ഉപരത ഉണർന്ന ആള് എന്നല്ല നമുക്ക് കാണുമ്പോ അദ്ദേഹം ലോകത്തിൽ ഇരിക്കുമ്പോഴും ലോകത്തിൽ ഇല്ല എന്നുള്ളൊരു അനുഭവം നമുക്ക് ഉണ്ടാവണം എല്ലാവരുടെ നടുക്ക് ഇരിക്കുമ്പോഴും വ്യവഹരിക്കുമ്പോഴും സശരീരിയായിരിക്കുമ്പോഴും അശരീരിയായിട്ട് ഇരിക്കുന്നു അതെങ്ങനെ അനുഭവം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉണ്ടാവും അപ്പറയും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ അതെങ്ങനെ ഉണ്ടാകും എന്ന് വെച്ചാൽ ഉണ്ടാവും അപറയും സശരീതിയായിട്ടിരിക്കുമ്പോഴും അശരീരിയായിട്ടിരിക്കുന്ന ആളായിരിക്കണം സദാ തന്റെ അനുഭവത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം നിരന്ധന ഇവാണലഹ്യാസ് നമ്മൾ ഓഫ് ചെയ്തിട്ട് വെച്ച് സിലിണ്ടറും ഓഫ് ചെയ്ത് വെച്ചിട്ട് വരും വീട്ടിൽ നിന്ന് വരുമ്പോ എന്തിനാന്ന് വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചാലും സിലിണ്ടർ എവിടെയെങ്കിലും ഒക്കെ ദ്വാരം വല്ലതും ആ വഴിക്ക് വല്ലതും സിലിണ്ടർ ലീക്കായാൽ കുഴപ്പമാകും അപ്പൊ സിലിണ്ടറും ഓഫ് ചെയ്ത് വെക്കും കാലിയായ സിലിണ്ടർ ആണെങ്കിലോ പേടിക്കാനൊന്നുമില്ല അല്ലെ സിലിണ്ടറിൽ തന്നെ ഗ്യാസ് ഇല്ലെങ്കിൽ പിന്നെ തീ പിടിക്കുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല അതേപോലെ എല്ലാ നിയന്ത്രണങ്ങളും വേണം സാധാരണ ഒരു മനുഷ്യൻ സമൂഹത്തിൽ ധാർമ്മികമായി ചരിക്കണം എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് തോന്നിയ പോലെ നടക്കാൻ പാടില്ല ഒരു സാധാരണ മനുഷ്യൻ എന്തായാലും എന്താ ഇപ്പൊ ബ്രഹ്മമല്ലേ ഞാൻ സിനിമ കണ്ടാൽ ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാൽ എന്ന് പറഞ്ഞാൽ അവനെ അടി കൊടുക്കണം അവന് നിയമം അനുഷ്ഠാനം ഒക്കെ അവനെ പിടിച്ചു നിർത്താനാണ് അതേസമയം ആർക്ക് വാസനയേ ഇല്ലയോ ആരുടെ ഉള്ളിൽ സിലിണ്ടർ കാലിയായ പോലെ ഉള്ളിൽ വാസനയുണ്ടെങ്കിലേ പുറമേക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവനെ ഏതെങ്കിലും വിധത്തിൽ ആകർഷിച്ച് വലയിൽ കൊടുക്കുകയുള്ളൂ ഉള്ളിൽ വാസനാശൂന്യനാണെങ്കിൽ അവനിൽ നിന്നും ഇനി യാതൊരു വിധ അപകടവും ഉണ്ടാവാനില്ല അവന് അവനാരെയും ഭയപ്പെടാനില്ല എവിടെ ഇരുന്നാലും ഒന്നും ബാധിക്കാനില്ല അത് അവിടെ ഇരിക്കൂല നിരന്ധന ഇവാനലഹ സദ്ഗുരു വാസനാവശൂഖനായിരിക്കണം അതും മേലെ അഹൈതുക ദയാ സിന്ധു രാമകൃഷ്ണ പരമവംസർ പറയും അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല എന്നാലും രാമകൃഷ്ണ പരമഹംസറുടെ ഒരു ഉദാഹരണമാണ് ചിലര് പായസം കഴിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം കയ്യും വായും ഒക്കെ കഴുകി കഴിച്ചിട്ടുണ്ട് എന്ന് അറിയാതെ ഇരുന്നുകളയോ അത്ര വേറെ ചിലര് കിട്ടിക്കഴിഞ്ഞാൽ ആ പായസം എല്ലാവർക്കും കൊടുത്തിട്ട് സകല പേർക്കും വിതരണം ചെയ്ത് കഴിക്കും എന്നാണ് അതായത് കൃപാസിന്ധുവായ ഗുരു തന്റെ അനുഭൂതി എപ്പോഴും കൊടുക്കാൻ തയ്യാറായിരിക്കും സാധാരണ അനുഭൂതി പൂർണ്ണ സിദ്ധന്മാരൊക്കെ അങ്ങനെയായിരിക്കും അല്ലാതെ ഈ തുടച്ചു വയ്ക്കുക എന്നുള്ളത് ഒരു രൂത വേണ്ടി പറയണമോ അത്രയേ ഉള്ളൂ എല്ലാ മഹാത്മാക്കളും ആ സത്യം കണ്ടെത്തിയവർ നിർലോഭമായിട്ട് അവർ കൊടുക്കുകയല്ല അവരുടെ നേച്ചർ തന്നെ അതാണ് അവരിൽ നിന്നും അത് സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും അവര് കൊടുക്കുമെന്ന് വേണ്ട കൊടുക്കാനും വാങ്ങാനും അവിടെ ആരുമില്ല ഇന്നലെ സ്വാമി ആരെയൊരു മഹാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം പറയൂ അത്രേ നോബഡി ഈസ് ഇൻവൈറ്റഡ് എവരി വൺ ഈസ് വെൽക്കം എന്നുവെച്ചാൽ അതാണ് ഞാനികളുടെ സ്ഥിതി എന്നാണ് ആരെയും നിങ്ങൾ വരൂ വരൂ വരൂ എന്ന് വിളിക്കണില്ല ആർക്ക് വേണമെങ്കിൽ വരാം ആർക്ക് വേണമെങ്കിൽ എടുത്തോണ്ടുപോവാം കടയിതിരന്തേൻ സ്വാമികൾ പറഞ്ഞു ഞാൻ നല്ല വലിയ ആനന്ദത്തിന്റെ കട വെച്ചിരിക്കുകയാണ് ബസാർ ആർക്ക് വേണമെങ്കിൽ എടുത്തോണ്ടുപോവാ അപ്പോ അഹൈതുക ദയാസിന്ധു യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ കൃപചൊരിയുന്നവൻ ബന്ധുഹു ആനമതാം സതാം തന്നെ ആശ്രയിച്ച് സത്യ അനുഭവം നേടണം എന്നുള്ള ജിജ്ഞാസുക്കൾക്ക് ഈ സദ്ഗുരുവിനെ പോലെ ഒരു ബന്ധു ആരുമില്ല ബന്ധു ആനമതാം സതാം വിവേകചൂടാമണിയിൽ ഒരു ശിഷ്യൻ ഗുരുവിനെ എങ്ങനെ സമീപിക്കണം ഇപ്പൊ ഗുരുവിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞല്ലോ ശിഷ്യന്റെ ലക്ഷണം എന്താ നിർവിണ്ണദീഹി അഹമുഖവൃജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്ധ്യേ ഉദ്ധവർ തന്നെ ഒരു പക്വ ശിഷ്യനാണ് എന്നുള്ളത് ഇതുകൊണ്ട് തെളിയിക്കുകയാണ് ഭഗവാനെ നിർവിണ്ണദീഹി പരമവിരക്തനാണ് ഞാൻ ശിഷ്യന് മുഖ്യമായ ലക്ഷണം വൈരാഗ്യമാണ് ഒരു പരമവിരക്തനായ ഒരു ശിഷ്യൻ ഭഗവത് അനുഭവമുള്ള സദ്ഗുരുവുമായിട്ട് ചേരുമ്പോ ജ്ഞാനേശ്വർ മഹാരാജ് പറയണ ഒരു ഉദാഹരണം പക്വമായ ഒരു ശിഷ്യൻ ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിന്റെ അടുത്തു ചെല്ലണത് കർപ്പൂരം അഗ്നിയെ ആലിംഗനം ചെയ്യാൻ പോകുന്ന പോലെയാണെന്ന് അത് ബാക്കി നിൽക്കുമോ ആ അഗ്നിയെ ചെന്ന് ആലിംഗനം ചെയ്താൽ ഈ കർപ്പൂരം കത്തിയില്ലാതായിട്ട് തീരും അപ്പൊ ഒരു പക്വ ശിഷ്യനെ എന്ത് ലക്ഷണം വിരക്കത്തി ശിഷ്യൻ ഗുരുവും കൂടെ ചേർന്നാൽ ഒരു ഹിന്ദിയിലൊരു ദോഹയുണ്ട് കബീറിന്റെ ദോഹയെ അതിൽ കബീർ പറയണു സ്പർശമണി ചിന്താമണിക്ക് മറ്റൊരു പേരാണ് സ്പർശമണി അതുകൊണ്ട് തൊട്ടാൽ തൊടുന്ന ലോഹമാണെങ്കിൽ അത് സ്വർണ്ണമാവും ലോഹവും ചിന്താമണിയും കൂടി കൂട്ടിമുട്ടിയാൽ ഈ ലോഹം സ്വർണ്ണമാകും ഒരു ഈ ലോഹം സ്വർണ്ണമായിട്ടില്ലെങ്കിൽ അത് ചിന്താമണി അല്ല അല്ലെങ്കിലോ ഇത് ലോഹമല്ല അല്ലെങ്കിൽ നടുവിൽ കൂട്ടിമുട്ടിയിട്ടില്ല എവിടെയോ ഒരു തടസ്സമുണ്ടെന്നാണ് ഈ ഉദാഹരണം വെച്ചുകൊണ്ട് കബീർ പറയാണ് ഒരു ജ്ഞാനിയും പരമവിരക്തനായ ശിഷ്യനും കൂടി ചേർന്നാൽ ഈ ശിഷ്യന് ജ്ഞാനം ഉണ്ടായേ തീരൂ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ശിഷ്യൻ യഥാർത്ഥ ശിഷ്യനല്ല അല്ലെങ്കിൽ അദ്ദേഹം യഥാർത്ഥ ഗുരുവല്ല ശിഷ്യന്റെ ലക്ഷണം എന്താ വിരക്തി വിരക്തി എങ്ങനെ വരും ദുഃഖാനി ആലോക്യ ജന്തുഷും അലം ഉദ വികോഹ്യവര ത്ദ്രൂപതരിതകഥാതി ഉദ്ഭവദ് ഭക്തിഭൂമാരി പരമസുഖമയേ ത്പദേ മോദിദാഹേ തൂർഗവന പുരപത്തെശയാഗാൻ ഭട്ടതിരിവരെ പുരാപ്പ എനിക്ക് വൈരാഗ്യം വരണം വൈരാഗ്യം എങ്ങനെ വരും എന്ന് വെച്ചാൽ ദുഃഖാനി ആലോക്യ ജന്തുഷു ഹേതുനൈവ സമീഹത്തെ ഇവിടെ ഇനി പറയാൻ പോകുന്നു ദുഃഖാനി ആലോക്യ ജന്തുഷു ലോകത്തില് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അധികം അങ്ങനെ വിവേകത്തോടുകൂടെ ലോകത്തിനെ ശ്രദ്ധിക്കണില്ല യഥാർത്ഥത്തിൽ നമ്മളുടെ മുഖ്യ ഗുരു നമ്മളുടെ വിവേകമാണ് പുറമേക്കുള്ള ഗുരു നമ്മളുടെ വിവേകത്തിന് എണ്ണ ഒഴിച്ചു തരും അത്രയേ ഉള്ളൂ വിവേകമാവുന്ന അഗ്നി കത്താനായിട്ട് എണ്ണ ഒഴിച്ചു തരും പുറമേക്കുള്ള ഗുരു മുഖ്യ ഗുരു വിവേകമാണ് അകമേ വിവേകം ഉദിക്കാത്തവന് പുറമേക്കൊരു ഗുരുവിനെ കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല ഇന്ന് രാവിലെ പറഞ്ഞ കഥ പോലെ ആയിത്തീരും ആ ശിഷ്യന്മാര് ഗുരുവിന് അത്യധികം അപകടം ഉണ്ടാക്കി വിവേകമാണ് മുഖ്യ വിവേകം ഉണർന്നാൽ നമ്മൾ ലോകത്തിനെ പുതിയ തരത്തിൽ കണ്ടു തുടങ്ങും എല്ലാവരും കാണുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കും നമ്മളിപ്പോ ലോകത്തിനെയാണ് കാണുന്നത് പക്ഷെ വേണ്ട വിധത്തിൽ കാണുന്നില്ല നമ്മളുടെ വാസന കളർ ചെയ്ത് നമ്മൾ കാണുന്നത് മുഴുവൻ എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുള്ള ഒരാളെയേ നമ്മൾ കാണുന്നുള്ളൂ ഒരു നേരത്തെ ശാപ്പാടിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കാണുന്നു നമ്മളുടെ ചോട്ടിലുള്ള ആളെ ആ സ്ഥലത്തിൽ കാണില്ല അവിടെ നമ്മൾ കാണില്ല അപ്പൊ എന്താവും എല്ലാം നോക്ക നെഗറ്റീവ് ക്വാളിറ്റീസ് വളർത്താൻ വേണ്ടിയുള്ള അവിവേകമാണോ ഉള്ളത് ചോട്ടിലുള്ള ആളെ കണ്ടാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും നമുക്ക് ഭഗവാൻ ഇത്രയും തന്നിട്ടുണ്ടല്ലോ സന്തോഷം ഉണ്ടാവും മേലെയുള്ള ആളെ കാണുമ്പോഴോ അതൃപ്തി ഉണ്ടാവും അതൃപ്തിയെ വളർത്താൻ വേണ്ടത് അവിവേകം വിവേകം ഉണ്ടെങ്കിൽ എന്ത് പറയും നമ്മളെ ഭഗവാൻ കിട്ടാറു സുഖമായിട്ട് വെച്ചിരിക്കുന്നു ഇതിലൂടെ കഷ്ടപ്പെടുന്ന ഒരു തിരിയിൽ നമ്മൾ ഭഗവാൻ വെച്ചില്ലല്ലോ ഇത് വിവേകത്തിന്റെ സ്വഭാവമാണ് ഒരു ചെറിയ ഉദാഹരണം അതേപോലെ ഈ അവിവേകം നമ്മളുടെ കണ്ണിനെ അശുദ്ധപ്പെടുത്തുമ്പോ നമ്മളുടെ ബുദ്ധിയെ അശുദ്ധപ്പെടുത്തുമ്പോ നമ്മൾ എങ്ങനെ കാണും നമുക്ക് ഒരുമാതിരി കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോ ചിലപ്പോ സ്ത്രീകൾ ഈ അബദ്ധം പറ്റിക്കും വേറെ ആരെങ്കിലും ഒക്കെ നോക്കിയിട്ട് അവരെത്ര നല്ല കാറ് വെച്ചിരിക്കണം നോക്കും നമ്മളുടെ ഒന്നിനും കൊള്ളാത്ത കാറ് കാറുണ്ട് എന്നിട്ടാണ് ഇത് വിറ്റ് അത് വാങ്ങണം ഇയാൾക്ക് പാവം ഒരുമാതിരി ഒപായ ശമ്പളത്തിൽ ജീവിക്കണ ആള് ഇനിയിപ്പോ ഇയാൾ കടവെടുക്കണം കടവെടുത്ത് കഷ്ടപ്പെടണം എന്തിനാ ടു ഫീഡ് യുവർ വാനിറ്റി ഫിൽ യുവർ വാലിഡിറ്റി ഇത് അവിവേകത്തിന്റെ സ്വഭാവമാണ് വലിയൊരു ബംഗളാവ് കെട്ടി വെച്ച് പുറമേക്ക് വരുമ്പോൾ നല്ല കാരണവും ഒക്കെ വരുന്ന ആളുകളെ കണ്ട് ഒരുവിധം ഒപായ ശമ്പളവുമായി സുഖമായിരിക്കുന്ന ഒരു മനുഷ്യൻ അസൂയപ്പെടുന്നു ഇതാണ് അവിവേകം അവരെത്ര സുഖമായിട്ടിരിക്കണം വിവേകം എന്ത് ചെയ്യരുന്ന് വെച്ചാൽ അവരെ ഒന്നുകൂടെ ചൂഴന്നു നോക്കും ഒന്നുകൂടെ ചൂഴന്നു നോക്കുമ്പോ വിവേകം എന്ത് പറയും ഇത്രയധികം വലിയ വീടുണ്ടായി പണമുണ്ടായി സമ്പദ് സമൃദ്ധി ഉണ്ടായി എല്ലാം ഉണ്ടായിരുന്നിട്ടും അവര് അതൃപ്തരാണ് അവർക്കും പല വിഷമങ്ങളുണ്ട് ദുഃഖമുണ്ട് എന്ന് കണ്ട് ഈ ധനമോ ഇത് കാരണോ ഒരാൾക്ക് സുഖമുണ്ടാവില്ല എന്ന് വിവേകം ഉള്ളിൽ പറഞ്ഞ് നമ്മൾ സ്ഥലത്ത് നമ്മൾ ഇരുത്തും ഇരുന്തടിക്കേ ഇരു ഇത് വിവേകം ചെയ്യുന്ന പണിയാണ് സൗന്ദര്യം കണ്ടു മോഹിക്കുകയാണെങ്കിൽ അവിവേകം എന്തു പറയും പുറകെങ്ങനെ തള്ളിക്കൊണ്ടുപോവും എന്തൊരു സുന്ദ സൗന്ദര്യം വിവേകം എന്തു പറയും ആ സൗന്ദര്യം ഒന്നും കണ്ടു മോഹിക്കരുത് ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും ഈ ശരീരം കുറച്ചു കഴിഞ്ഞാൽ തല നിരച്ചു പോവും തോരു ചുക്കിച്ചുങ്ങിപ്പോകും ഉള്ളിൽ മലമാംസമയമാണ് രണ്ടു ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ നാറും അടുത്തു പോവാൻ കൊള്ളില്ല പല്ലു തേച്ചിട്ടില്ലെങ്കിൽ വായനാറും ഈ ശരീരത്തിന് എന്ത് സൗന്ദര്യമാ ഉള്ളത് ഇത് വിവേകത്തിന്റെ ഉപദേശമാണ് അവിവേകം എന്ത് പറയും ഈ പുറംചട്ട മാത്രം നോക്കി അതിന്റെ ഉള്ളിലേക്ക് പോവാതെ മോഹിക്കും ഇത് അവിവേകത്തിന്റെ സ്വഭാവം വിവേകം നമുക്ക് ശാന്തിയിലേക്ക് നമ്മളുടെ ഇക്കുലിപ്രിയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോ അവിവേകം നമ്മളെ തലകീഴായിട്ടിട്ട് മറിക്കും വിവേകം പൂച്ചയെ പോലെയാണ് എവിടുന്ന് വീണാലും നാലുകാലിൽ വന്ന് നിൽക്കും പൂച്ചയെ എവിടുന്ന് ചോട്ടിൽ വീണാലും നാലുകാലിൽ നിൽക്കും അത്രേ കുഴപ്പം പറ്റാതെ അതേപോലെ വിവേകം ഉണ്ടെങ്കിൽ വിവേകമുള്ള മനുഷ്യൻ എന്തെങ്കിലും ഒരു ഡിസ്ബാലൻസ് ഉള്ളിൽ ഇംബാലൻസ് ഉള്ളിൽ ഉണ്ടായാലും ആ വിവേകത്തിന് അറിയാം ഇവനെ എങ്ങനെ സമസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം എന്നറിയാം സമസ്ഥിതിയിൽ ഒരു ചലനം ഉണ്ടാവാൻ വിവേകം സമ്മതിക്കില്ല എങ്ങനെങ്കിലും ഒക്കെ ഇവനെ സമസ്ഥിതിയിലേക്ക് വിവേകം തിരിച്ച് തിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും പല വിധത്തിലും പറഞ്ഞ് വിവേകത്തിന് ഒറ്റ ജോലിയേ ഉള്ളൂ നമ്മളെ എങ്ങനെയെങ്കിലും ശാന്തരായിട്ട് എഴുത്താം അവിവേകത്തിന് ഒരൊറ്റ ജോലിയേ ഉള്ളൂ നമ്മളുടെ ശാന്തിയെ ഭഞ്ജിക്കാം അപ്പോ വിവേകം ഉണ്ടാകുമ്പോ ദുഃഖാനി ആലോക്യ ജന്തുഷു ആദ്യത്തെ പടി പറഞ്ഞത് ജന്തുക്കളിൽ ദുഃഖത്തിനെ കാണുന്നു പണമുണ്ടെങ്കിലും ദുഃഖം പണമില്ലാത്ത ആളും ദുഃഖിക്കണം ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും കുചേലനും കൂടെ കാണുന്നു കുചേലൻ ആരാ അടുത്ത നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആള് ശ്രീകൃഷ്ണ ഭഗവാനോ ശ്രീയസ്പതിയായിട്ടുള്ള ആള് എന്നുവെച്ചാൽ ധനസമൃദ്ധി ദ്വാരകളെ സാധാരണ സമൂഹത്തിൽ ഒരുപാട് പണമുള്ള ആളുടെ അടുത്ത് ചോദിച്ചാൽ അയാൾ സമാധാനം ഇല്ല എന്ന് പറയും പരമദരിദ്രനായിട്ടുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ അയാള് സമാധാനം ഇല്ല എന്ന് രണ്ടുപേരും കഷ്ടപ്പെടുന്നു ഇപ്പൊ ഇവര് രണ്ടുപേരും പഴയ കൂട്ടുകാരെ ഒരാൾ പണക്കാരൻ ഒരാൾ ദരിദ്രൻ രണ്ടുപേരും കൈപിടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുചേലനോട് ഭഗവാൻ ചോദിക്കുന്നു സുധാമാവെ എങ്ങനെ ഇരിക്കണം കുശലൻ തന്നെയോ സുധാമാവ് പറയുന്നത് ഭഗവാനെ സമൃദ്ധം എന്നാണ് ശാന്തി സമൃദ്ധം അമൃതം സുഖമായി ശാന്തമായിട്ടിരിക്കുന്നു സുധാമാവിനെവിടെ സമൃദ്ധി എന്ത് സമൃദ്ധി ആ സുധാമാവിനുള്ളതെന്ന് വെച്ചാൽ ശാന്തി ആ ശാന്തി എവിടുന്ന് വന്നു ഭഗവാൻ സുധാമാവിനോട് പറയണോ സുധാമാവേ അങ്ങ് പരമപ്രശാന്തനായിട്ടിരിക്കാൻ കാരണം അറിയേണ്ടതങ് അറിഞ്ഞു ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസ പാരം അറിയേണ്ടത് അറിഞ്ഞ ബ്രാഹ്മണൻ അവനാണ് ബ്രാഹ്മണൻ ആരാണോ തന്നെ ആത്മസ്വരൂപിയാണെന്ന് അറിയുന്നത് ആരാണോ താൻ ദേഹമല്ല എന്ന് അറിയുന്നത് ആരാണോ താൻ കേവല ദൃക്മാത്രമായ വസ്തുവാണെന്ന് അറിയുന്നത് അവൻ ബ്രാഹ്മണനാണ് അവൻ അജ്ഞാനത്തിന്റെ ഇരുട്ടിനെ കടന്ന് തരണം ചെയ്ത് സ്വപ്രകാശസ്ഥിതനാവുന്നു അങ്ങനെ സ്വരൂപസ്ഥിതനായ അവിടുന്ന് യാതൊരു കർമ്മത്തിലും കൊടുങ്ങാതെ യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ ഗൃഹസ്ഥനായി ഇരുന്നുകൊണ്ട് ദാരിദ്ര്യമാണെങ്കിൽ അതിനോട് യുദ്ധം ചെയ്യാതെ പണത്തിനു വേണ്ടി ശ്രമവും ചെയ്യാതെ അങ്ങ് അങ്ങയുടെ സ്വരൂപത്തിലിരിക്കുന്നു ശരീരത്തിൽ ഇരിക്കുന്നവനെ ദാരിദ്ര്യം ബുദ്ധിമുട്ടിക്കും ശരീരത്തിൽ ഇരിക്കുന്നവനെ വ്യാധി ബുദ്ധിമുട്ടിക്കും ശരീരത്തിലിരിക്കുന്നവനെ ധനവും ബുദ്ധിമുട്ടിക്കും ശരീരത്തിലിരിക്കുന്നവനെ ബന്ധുക്കൾ ബുദ്ധിമുട്ടിക്കും ശത്രുക്കളും ബുദ്ധിമുട്ടിക്കും ശരീരത്തിൽ ഇല്ലാത്തവനെ എന്നുവെച്ചാൽ ശരീരത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ ശരീരമല്ല സ്വരൂപനിഷ്ഠനായിരിക്കുന്നവനെ ഇതൊന്നും തന്നെ ഇതൊക്കെ ദ്വന്ദ്വങ്ങളാണ് ഈ ദ്വന്ദ്വങ്ങൾ ഒന്നും തന്നെ സ്പർശിക്കില്ല അപ്പൊ ഭഗവാൻ സുധാമാവിനോട് പറയാണ് അവിടുന്ന് ശരീരത്തിലിരുന്നും ശരീരത്തിലില്ല അതുകൊണ്ട് സുധാമാവെ അങ്ങയ്ക്ക് ശാന്തി ശ്രീകൃഷ്ണ ഭഗവാനോട് സുധാമാവ് ചോദിക്കുക കൃഷ്ണ അവിടുന്ന് എങ്ങനെ ഇരിക്കുന്നു കൃഷ്ണൻ പറയുന്നു അങ്ങ് ഏത് ശാന്തിയിലിരിക്കുന്നു ആ ശാന്തിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഞാൻ സകല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു കേജിത് കർമാണി കുറുവീ കാമൈ അഹതചേതസഹ ത്യജന്ത പ്രകൃതി ദൈവീ യഥാ അഹം ലോകസംഗ്രഹം ലോകസംഗ്രഹം ഉദ്ദേശിച്ച് അവിടുന്ന് എങ്ങനെ കർമ്മം ചെയ്യാതിരിക്കുന്നുവോ അതേ ബ്രഹ്മസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ഇവിടെ എന്റെ സൂക്ഷ്മ ശരീരത്തിനെ ജ്ഞാനം കൊണ്ട് നീക്കം ചെയ്ത ഞാൻ കർമാണി കുറുവന്തി കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു നോക്കണം കർമ്മം നിത്യനിരന്തരം കർമ്മം ചെയ്ത് സമ്പദ് സമൃദ്ധിയുടെ നടുവിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും ഒരു കർമ്മവും ചെയ്യാതെ ദാരിദ്ര്യത്തിന് നടുവിലിരിക്കുന്ന കുജ കുചേളനും രണ്ടുപേരും പറയുന്നു ഞങ്ങൾ ശാന്തമായിട്ടിരിക്കുന്നു അപ്പൊ ശാന്തി ഇസ് അൺകണ്ടീഷണൽ അതിന് പുറമേക്കുള്ള കണ്ടീഷൻസ് ഒന്നും അതിനെ സ്പർശിക്കുന്നില്ല എന്നാണ് അപ്പോ പുറമേക്കുള്ള യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത ഒരു സ്ഥിതി വരണമെങ്കിൽ വിവേകം ഹൃദയത്തിൽ ഉദിക്കണം വിവേകം ഉദിച്ചാൽ ലോകത്തിൽ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഏത് സ്ഥിതി ഉണ്ടെങ്കിലും അതുകൊണ്ട് ബാധിക്കപ്പെടാതെ നിൽക്കാൻ കഴിയും ആ വിവേകം വൈരാഗ്യം എങ്ങനെ ഉദിക്കും വിവേകമുണ്ടെങ്കിൽ വൈരാഗ്യം ഉണ്ടാവും വിവേകം എന്ത് ചെയ്യുന്നു ലോകത്തിൽ കാണുന്നതിലൊക്കെ ദുഃഖമുണ്ട് സുഖം പുറമേ ഉള്ള വസ്തുക്കളിലല്ല എന്ന് വിവേകം പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കും വസ്തുക്കൾ നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മളെ ശാന്തിയിൽ പിടിച്ചിരുത്തുന്ന അത്യന്തം വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് വിവേകം ആ വിവേകത്തിനെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ തന്നെ പുറമേക്കുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ സമസ്ഥിതിയെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുത്തില്ല വ്യവഹാരത്തിന് വേണ്ടി ചിലപ്പോഴൊക്കെ പെരുമാറിയാൽ പോലും അകമയ്ക്ക് സമ ഇക്കുലിപ്രിയം നഷ്ടപ്പെടില്ല ശാന്തി നഷ്ടപ്പെടില്ല ആ ശാന്തി ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ വൈരാഗ്യം വേണം ആ ശാന്തിയാണ് നമ്മുടെ ലക്ഷ്യം ഇവിടുത്തെ സബ്ജക്ട് അതല്ല ഇവിടുത്തെ സബ്ജക്ട് ഒരു ശിഷ്യന് എന്ത് ഗുണം വേണം എന്നുള്ളതാണ് ശിഷ്യന് വൈരാഗ്യം വേണം വൈരാഗ്യം എങ്ങനെ വരും ദുഃഖാനി ആലോക്യജന്തുഷു ലോകത്തിൽ പലയിടത്തും ദുഃഖമുണ്ടെന്ന് കാണുന്നത് വൈരാഗ്യം വരും പക്ഷേ ദുഃഖമുണ്ടെന്ന് കാണുമ്പോ അതിന് വേറെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് എന്താ സൈഡ് എഫക്ട് എന്ന് വെച്ചാൽ പേടി ഭയം ഭയം വരും ആ ഭയം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭയമാണ് എന്താന്ന് വെച്ചാൽ ആ ഭയം വന്നാലേ ഇവൻ സദ്ഗുരുവിന് ശരണാഗതി ചെയ്യുകയുള്ളൂ ആ ഭയം നന്മ തരുന്ന ഒരു ഭയമാണ് ആ ഭയത്തിനെയാണ് വിവേക ഈ ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറയുന്നു സ്വാമിൻ നമസ്തേ നോകബന്ധോ കാരുണ്യ സിന്ധോ പതിതം ഭവാബ്ധോ മാം ഉദ്ധര ആത്മീയ सुधाभिवृष्ट्य ऋज्व अदिकमुदरात्मीय ऋज्वादिकारुण्य सुधाभिवृष्ट्य स्वामी नमस्ते नदलोक बंधो्य सिंधो पतिद भवाब्दू भगवाने या नमस्कू अ सिंधु या या या भवाब्दी संसार सद्रे वीण क ജനിക്കുക മരിക്കുക അതൊക്കെ ആദ്യവും അവസാനമുള്ള കാര്യം നടുവിലോ യൗവനം പോയിപ്പോകുന്നു ജര വരുന്നു വാർദ്ധക്യം വരുന്നു വേണ്ടപ്പെട്ടവർക്ക് മരിച്ചു പണം വരുവോ വരില്ലയോ പറയാൻ വയ്യ വ്യാധി വരാൻ സാധ്യതകളുണ്ട് പല വിധത്തിലുള്ള ഈ ശരീരം കയറി നിൽക്കുമ്പോ ലോകത്തിൽ കാണുന്നു ഇതൊക്കെ കാണുമ്പോ ഭഗവാനെ ദോദൂയമാനം ദുരദൃഷ്ടവാതൈഹി ദുരദൃഷ്ടവാതൈഹി ഞാൻ ഈ കൊടുങ്കാറ്റ് വരുമ്പോ ആളുകള് പറന്നു പോകുന്ന പോലെ പല വിധത്തിലുള്ള അപകടങ്ങളും അനർത്ഥങ്ങളും ആപത്തുകളും എന്നെ ഈ സംസാരത്തിലിട്ട് വലക്കുകയാണ് ഭഗവാന് ഭീതം പ്രബന്ധം പരിപാടി മൃത്യോഹോ ഞാൻ ഭീതനാണ് എനിക്ക് പേടി തോന്നുന്നു പറഞ്ഞു ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് നിൽക്കണേ അതി തീക്ഷണമായ പല്ലുകൾ കാണിച്ചുകൊണ്ട് നാവൽ നീട്ടിക്കൊണ്ട് രക്തം വാർന്നൊഴുകുന്ന നാവ് ഭയങ്കര രൂപം കനൽക്കട്ട പോലെയുള്ള കണ്ണുകളുമായിട്ട് നിൽക്കുന്ന നരസിംഹത്തിനെ കണ്ട് ദേവതകൾ പേടിച്ചു ലക്ഷ്മി ഭഗവതി ലക്ഷ്മി ദേവി തന്നെ അല്പം മാറി നിന്നു അത്ര വെച്ചാൽ നമ്മുടെ ആളെ ഇതുപോലെ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴും പ്രഹ്ലാദൻ യാതൊരു ഭയവും കൂടാതെ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചു ഭഗവാൻ എടുത്തു മടിയിൽ വെച്ചു പ്രഹ്ലാദനെ പ്രിയത്തോടുകൂടെ നോക്കിയപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു ഭഗവാനെ നാഹം ബിമേമി അതിത് തവ അതിഭയാനക ആസ്യ ഭഗവാനോട് പ്രഹ്ലാദൻ പറയാണ് ഭഗവാനെ ഞാൻ അവിടുത്തെ ഈ അതിഭയാനകമായി ഈ വെച്ചിരിക്കുന്ന വായോ അതിതീക്ഷണമായ ദന്തം പല്ലോ ഈ രക്തം മാറുന്നൊഴുകുന്ന നാവോ കനൽക്കട്ടോ പോലെയുള്ള കണ്ണുകളോ കണ്ട അല്പം പോലും ഭഗവാനെ എനിക്ക് ഭയമില്ല അന്ന് ഭയങ്കരനായിട്ട് തോന്നിയാലും ഈ ഭയങ്കര രൂപത്തിന് പുറകിൽ കാരുണ്യമാണ് പക്ഷേ അതീ സുന്ദരവും അതീവ ഹൃദ്യവും ആകർഷകവുമായിട്ടുള്ള പല ലോകവസ്തുക്കളെ കാണുമ്പോ എനിക്ക് പേടി തോന്നുന്നു ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാര ചക്ര ഗ്രസതാം പ്രണീത ഭഗവാന് ത്രസ്തോസ്നേഹം എനിക്ക് പേടി തോന്നുന്നു ഈ സംസാരത്തിന് കാണുമ്പോന്ന് അതേപോലെ ഈ ശിഷ്യൻ ഒരു സദ്ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറയാണ് ഭീതം പ്രപന്നം എനിക്ക് പേടി തോന്നുന്നു ഞാൻ ശരണാഗതി ചെയ്യുന്നു പരിപാടി എന്നെ രക്ഷിക്കണം ഭഗവാനെ അവിടുന്ന് വേറെ ആരും എനിക്കുണ്ട് നമ്മൾ സാധാരണയല്ലേ വളരെ സീരിയസ് കേസസ് ഒക്കെ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കണം എന്ന് പറയും ഫിസിക്കൽ ബോഡിയെ ശരീരത്തിന് അതേപോലെ ആന്തരിക ശരീരത്തിനെ രക്ഷിക്കാൻ സദ്ഗുരു അല്ലാതെ ആരുണ്ട് അതേ നമുക്ക് ശരീര അഭിമാനമുള്ളപ്പോ ശരീര ഭയം വരുമ്പോ ഒരു ഡോക്ടർക്ക് പോയി ശരണാഗതി ചെയ്യുന്നുണ്ടല്ലോ അതൊരു ലൗകിക ഉദാഹരണം അതേപോലെ തന്നെ അധ്യാത്മ മണ്ഡലത്തില് ഭയം പേടിച്ചു എന്താന്ന് വെച്ചാൽ ഇവിടെ ചര മരണം വ്യാധി അനേക വിധത്തിലിരിക്കുന്ന കഷ്ടങ്ങൾ കണ്ട് പരിപാഹിയത് ഭയാത്ത് ശരണ്യം അന്യദ്യതഹം എന്ന ജാനി അവിടുന്ന് അല്ലാതെ എന്നെ രക്ഷിക്കാൻ വേറെ ആരെയും കാണാനില്ല അങ്ങനെ ശരണാഗതി ചെയ്യുമ്പോ ഒരു ഡോക്ടറുടെ അടുത്ത് ചേർന്ന് ഒരു പേഷ്യന്റ് സീരിയസ് കേസ് ചെന്ന് വീഴുമ്പോ ഡോക്ടർ പറയാണ് പേടിക്കണ്ട ഇത് കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന് ബോധമുണ്ടെങ്കിൽ അയാൾക്കും അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്കും എത്ര ആശ്വാസം ഉണ്ടാവും അത് ലൗകികം അതേപോലെ ഇവിടെ വിവേകചൂടാമണിയിൽ ആചാര്യസ്വാമികൾ ഒരു ചിത്രം വരച്ച് കാണിക്കണമത്രേ ഉള്ളൂ ഈ ശിഷ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഗുരുവിനെ നമസ്കരിക്കുമ്പോ ഗുരുപരണത്ത് മാഭൈഷ്ടവിദ്വൻ തവനാസ്തി അപായ സംസാരസിന്ധോ തരണേ അസ്തി ഉപായാത യഥ്യ പാരം തമേവ മാർഗം തവ നിർദ്ദാമിയു ഹേ അറിയേണ്ടത് അറിഞ്ഞ കുട്ടി മാഭൈഷ്ട പേടിക്കേണ്ട എന്നാണ് മാഭൈഷ്ട വിദ്വൻ തവനാസ്തി അപായ തനിക്ക് യാതൊരു അപായവും വരാനില്ല യാതൊരു അനർത്ഥവും തനിക്ക് വരാനില്ല ഭയപ്പെടേണ്ട സംസാര സിന്ധോഹോ തരണേ അസ്ഥി ഉപായഹ ഈ സംസാര സിന്ധുവിനെ തരണം ചെയ്യാൻ നല്ല ഉപായമുണ്ട് ഞാൻ കണ്ടുപിടിച്ചതോ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഉപായമല്ല ഏനൈവ യാതാഹ യഥയോസ്യപാറം എത്രയോ ഋഷികൾ എത്രയോ പൂർവസൂരികൾ ഏത് രാജപാധയിലൂടെ നടന്ന് സ്വാതന്ത്ര്യം നേടിയോ സത്യം കണ്ടെത്തിയോ ബ്രഹ്മനിർവ്വാണസ്ഥിതരായിത്തീരുന്നുവോ അതേ മാർഗം തനിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ പറയാൻ ഒരു കരുണാമൂർത്തിയായ ഒരു ആചാര്യനും അത്രയും തന്നെ ഭവഭീതനായിട്ടുള്ള ഒരു ശിഷ്യനും ഭവഭീതനായിരിക്കണമെന്നാണ് ബുദ്ധന് രണ്ടു പേരുണ്ട് സംസ്കൃതത്തില് ഒരു പേര് ശാക്യസിംഹം എന്നാണ് അതായത് ശാക്യവംശത്തിൽ ജനിച്ച സിംഹം അതേ ബുദ്ധന് മറ്റൊരു പേര് ഭവഭീരു എന്നാണ് സംസാരത്തിനെ കണ്ട് പേടിച്ച പേടിത്തൊണ്ടൻ ഒരു വശത്ത് ഭവഭീരുവായ ആള് മറ്റൊരു ശാക്യസിംഹമാണ് ഇവിടെ ഉദ്ധവര് യാദവംശത്തിലെ വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതസ്ഥകാ ശിഷ്യോ ബൃഹസ്പത്തെ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസപ്തമ അങ്ങനെയുള്ള ഉദ്ധവന് ഇവിടെ ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ പരമവിരക്തനായി ഞാൻ അവിടത്തേക്ക് ശരണാഗതി ചെയ്യുന്നു നിർവിണീ അഹമുഖ വൃജിനാഭിതോ നാരായണം നരസഖം ഈ നരന് എപ്പോഴും സഖാവായിട്ടുള്ളവനാണ് നാരായണൻ അഞ്ചമ നാലാമത്തെ സ്കന്ധത്തില് അതിനൊരു പേര് പറഞ്ഞു അവിജ്ഞാത സഖ എല്ലാവരുടെ കൂടെയും ഭഗവാൻ അവിജ്ഞാത സഖാവായിട്ട് നടക്കണം നമ്മള് ശരണാഗതി ചെയ്യുന്നവര് വിരക്തി ഉണ്ടാവുന്നവര് ഈ അവിജ്ഞാത സഖ നമ്മുടെ മുമ്പിൽ പുറകെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും എപ്പോ ഈ ജീവന് പേടി തോന്നുന്നു എപ്പോ വിഷമം തോന്നുന്നു എപ്പോ ആ അവിജ്ഞാത സഖാവായ നാരായണൻ അല്ലാതെ വേറെ ആരും ഗതിയില്ല എന്ന് തോന്നുമ്പോ ഭഗവാൻ പറയും മാഭയിഷ്ട അഭയം സർവഭൂതേവ്യോ ദാമി ഞാൻ ഇവിടെ ഉണ്ട് പേടിക്കണ്ട എന്ന് അപ്പച്ചെവിയിൽ മന്ത്രിക്കും അതുവരെ ഈ അവിജ്ഞാത സഖ കൂടെ ഉണ്ട് എന്നുള്ളതുപോലെ നമുക്കറിയില്ല നാരായണനെ അറിയുമ്പോ നരൻ ശരണാഗതി ചെയ്യും നാരായണം നരസഖം ശരണം പ്രപദ്ധ്യേ ഞാൻ നാരായണനെ ഇത് ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് സദ്ഗുരുവായ ഭഗവാനെ ഭഗവാൻ ഇവിടെ ഗുരുവായി മാറി ഭഗവാൻ ഈശ്വരനെ തന്നെ അഞ്ചു സ്വഭാവമുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഇതാണ് പഞ്ചകൃത്യം ഭഗവാന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം സാധാരണമായിട്ടുള്ള കൃത്യങ്ങളാണ് തിരോധാനം എന്നുള്ളത് പ്രളയകാലത്ത് ചെയ്യേണ്ട കൃത്യമാണ് ഈ ജീവന് ദുഃഖം വരുമ്പോ ജീവന് താപമുണ്ടാവുമ്പോ ജീവനെ സംസാരത്തിൽ നിന്നും കരകയറ്റാനുള്ള ഭഗവാന്റെ ദിവ്യസ്വരൂപമാണ് അനുഗ്രഹം അനുഗ്രഹം എന്നുള്ളത് സദ്ഗുരുവിന്റെ രൂപത്തിലുള്ള ഭഗവാൻ ചെയ്യുന്ന കൃത്യമാണ് അനുഗ്രഹതത്വം ആ അനുഗ്രഹതത്വ രൂപത്തിലുള്ള ഭഗവാനാണ് ഇവിടെ ഉദ്ധവരെ ശരണാഗതി ചെയ്യുന്നത് നാരായണം നരസകം ശരണം പ്രപദ്ധ്യേ അങ്ങനെ ഉദ്ധവരെ ശരണാഗതി ചെയ്തു ഭഗവാൻ ഉദ്ധവരെ അവാര അപാര കാരുണ്യത്തോടുകൂടെ നോക്കി ഹേ ഉദ്ധവ ലോകത്തിന് സാധാരണ മനുഷ്യന് ലോകതത്വ ലോകതത്വത്തിനെ അറിയണം എന്ന ആഗ്രഹത്തോടുകൂടെ അതിനായിട്ട് ശ്രമിക്കുന്ന കുശലന്മാരായിട്ടുള്ളവര് അവരവരുടെ കാര്യം നടത്താൻ അവരവർ സാമർത്ഥ്യം കാണിക്കുന്നുണ്ട് ലോകത്തിൽ സാധാരണമായിട്ട് നമുക്ക് കാണാം നമ്മൾക്ക് ഹിതം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മളുടെ ഹിതം നേടിയെടുക്കാനായിട്ട് നമ്മൾക്ക് ഒരു സാമർത്ഥ്യമുണ്ട് അത് ലോകത്തിൽ സാധാരണമായിട്ട് തന്നെ ഉണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആളുകൾ അവരവരുടെ കാര്യം വരുമ്പോഴൊക്കെ അവരവർ കാര്യം നേടിക്കൊള്ളൂ അങ്ങനെ ഒരു എനർജി നമ്മളുടെ ഉള്ളിലുണ്ട് നമ്മൾ ജീവിതത്തിൽ എന്ത് പ്രാമുഖ്യം എന്ത് കരുതും എന്ന് കരുതുന്നു അതിനുവേണ്ടി നമ്മൾ എന്തും ത്യജിക്കും അതിനുവേണ്ടി എന്തും ചെയ്യും പഴയ കാലത്ത് ബ്രാഹ്മണർക്ക് വേദാധ്യയനം പ്രാമുഖ്യം എന്ന് കരുതിയതുകൊണ്ട് വേറെ ഒന്നും പ്രാമുഖ്യം കൊടുക്കാതെ വേദം പിടിച്ചു പിന്നെ പിന്നെ പിന്നെ സമൂഹത്തിന്റെ അംഗീകരിച്ച നിയമങ്ങളൊക്കെ മാറി പണം ഉണ്ടാക്കുന്നതാണ് പ്രാമുഖ്യം എന്ന് കൽപ്പിച്ചതോടുകൂടെ എങ്ങനെയും കശാപടം നടത്തിയിട്ടായാലും വേണ്ടില്ല പണം ഉണ്ടാക്കണം അപ്പൊ എന്താ ബാക്കിയൊന്നും കുഴപ്പമില്ല ഇയാള് വേറെ എന്തെങ്കിലുമൊക്കെ നടത്തി കുറച്ച് പണം വേണ്ടില്ല അദ്ദേഹം സൊസൈറ്റിയിലും വേല നിൽക്കും വേദം പഠിച്ച ബ്രാഹ്മണനും അവന്റെ അടുത്ത് പോയി കൈനീട്ടി ഓശാനിച്ചു നിൽക്കണം എല്ലാം ഈ അംഗീകരിക്കുന്നതാണേ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നമ്മൾ നമ്മളുടെ സൂക്ഷ്മമായി നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഒരിടത്ത് ഒരു തീരുമാനം ചെയ്ത് കഴിഞ്ഞാൽ ആ തീരുമാനിച്ചതിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും ചെയ്യുന്നു പണമാണ് ജീവിതത്തിന് മുഖ്യം തീരുമാനിച്ചാൽ അതിനുവേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നു അതിനുവേണ്ടി ദുബായിലേക്ക് പോകുന്നു അവിടെ ചെന്ന് രാവിലെ ഏഴുമണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ പണിയെടുക്കുന്നു നോക്കണം എന്താണ് അതിന് പറഞ്ഞിട്ടുള്ള എനർജി ഇതേ ആണ് ആധ്യാത്മികത്തിലേക്ക് വരുമ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് അരമണിക്കൂറിനും വരെ ധ്യാനിക്കാൻ വയ്യാം ജപം ചെയ്യുമ്പോ ഉറക്കം വരുന്നു എനിക്ക് ഒരേ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങൾ തന്നെയല്ലേ കുറച്ചു ദിവസം മുമ്പ് ജോലി ചെയ്യുമ്പോ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പണിയെടുത്തത് അപ്പോ ഓഫീസിൽ ജോലി ചെയ്യുമ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉറക്കം വന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയധികം ഉത്സാഹത്തോടുകൂടെ പണിയെടുത്തു അലേർട്ടായി പണിയെടുത്തു അതും രാത്രി വീട്ടിൽ വന്ന് കിടന്നാൽ പോലും അതിനെക്കുറിച്ച് തന്നെ എന്തുകൊണ്ട് ചിന്തിച്ചു അത് കാര്യം വേറെ അതെന്റെ ജോലിയല്ലേ ആ ജോലിക്കും ഈ ജോലിക്കും ഇപ്പൊ എന്താ വ്യത്യാസം അതിലർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ അധ്യാത്മികം വാസ്തവത്തിൽ ആ ജോലിയുടെ ആ ജോലി വയറ്റപ്പഴപ്പ് എന്നുള്ളത് നമ്മൾ വലിയൊരു കാര്യമായി സ്വീകരിച്ചിരിക്കുകയാണ് പല ആളുകളും വലിയ എക്സ്ക്യൂസ് ആയിട്ട് അത് പറയും വയറ്റപ്പഴപ്പല്ലേ എന്നാണ് എനിക്ക് ജീവിക്കണ്ടേ എനിക്ക് ജീവിക്കാൻ ഇതൊക്കെ ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ ജീവിതത്തിന്റെ സെന്റർ അതാണ് എന്ന് തീരുമാനിച്ചപ്പോ എന്തായി യു ആർ റെഡി ടു എക്സോസ്റ്റ് ഓൾ യുവർ എനർജി ഫോർ ദാറ്റ് അത് കോൺഷ്യസ് ആയിട്ട് ചെയ്തല്ല അൺകോൺഷ്യസ് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ എവിടെയോ തീരുമാനിച്ചു ഇത് ചെയ്തേക്കും ഒരുപക്ഷെ സമൂഹത്തിനെ പേടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഇന്നർ നീഡ്സ് എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുള്ളതായിട്ടായിരിക്കും എന്തോ ഒരു തീരുമാനം എവിടെയോ ഒരു സെന്ററിലുണ്ട് ആ തീരുമാനം എന്ത് ചെയ്യുന്നു നമ്മളെ രാവും പകൽ ഓടിച്ചു പണിയെടുപ്പിക്കണം എന്തൊക്കെയോ ചെയ്യിപ്പിക്കണം ഭഗവാൻ ഗീതയിൽ പറയണത് അതാണ് ജീവിതത്തിന്റെ സീക്രട്ട് എന്നാണ് നിങ്ങൾ സാധനം ചെയ്യണതല്ല ഈ ഏതോ ഒരു സാധനം നിങ്ങളെ രാവും പകലും ചെയ്യിപ്പിക്കണമല്ലോ ആ സാധനം ആധ്യാത്മികമായാൽ നിങ്ങൾ ജ്ഞാനിയായി അല്ലാതെ ആർട്ടിഫിഷ്യൽ ടെക്നിക്ക് മെത്തേഡൊന്നും പ്രയോജനപ്പെടില്ല ആ ഒരു സാധനത്തിന് ഭഗവാൻ ഗീതയിൽ വ്യവസായാത്മികാ ബുദ്ധി എന്ന് പേര് വെച്ചു അത് വന്നാൽ രാമകൃഷ്ണ പരമഹംസരെ പോലെ രാവും പകലും കരയും ഊണ് പ്രശ്നമല്ല ഉറക്കം പ്രശ്നമല്ല ശരീരസുഖം പ്രശ്നമല്ല ഇത് നോക്കണം രാമകൃഷ്ണ പരമഹംസർക്ക് എന്തൊരു എനർജി ഉണ്ടായിരുന്നു അത് നമുക്കൊക്കെ ഉണ്ട് പക്ഷെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ രാമകൃഷ്ണ പരമഹംസരുടെ ഉള്ളിൽ എവിടെയോ ഒരിടത്തൊരു തീരുമാനം വന്നു ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യം എന്ന് നമ്മളുടെ ഉള്ളിൽ ഇനിയും ആ തീരുമാനം വന്നിട്ടില്ല നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ തന്നെ ഇപ്പൊ സത്സംഗം അതോ ഇതൊക്കെ കേട്ടാലും ഒരു തീരുമാനം നമ്മളുടെ ഉള്ളിലുണ്ട് ഇതൊക്കെ നമ്മൾ നല്ലത് വേണം അതിനുവേണ്ടി പോകുന്നു നമുക്കിതൊക്കെ സെക്കൻഡറി അതിനുവേണ്ടി പോകുന്നു പക്ഷെ മുഖ്യം എന്താണ് നമുക്കിവിടെ കുട്ടികൾ കല്യാണം ആവണം എന്ന എത്ര കാര്യം കിടക്കണം അതൊക്കെ പിന്നെ ഈശ്വര എന്ന് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് എന്താ ഇതിൽ നമുക്ക് എനർജി ഇല്ല നമുക്ക് വാസനയ്ക്ക് അനുസരിച്ചുള്ള ഊർജം വരും വേറെ ഒരു കാര്യം അതാ സത്സംഗത്തിലിരിക്കുമ്പോ ഉറക്കം വരുന്നു ചിലർക്ക് ചിലർക്ക് ടി വി ഉറക്കം വരില്ല എന്തുകൊണ്ട് വരുന്നതിൽ അവിടെ വാസന ആക്ടിവേറ്റ് ആവും അതും കാരണം എന്താ ബുദ്ധിയാണ് അവിടെയും കുഴപ്പം ബുദ്ധി എന്ത് ചെയ്യണം ഈ ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് എവിടെയൊക്കെയോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ലോകതത്വ വിചക്ഷണാഹ ഭഗവാൻ ലോകതത്വത്തിൽ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ നോക്കുമ്പോൾ രണ്ടു വിധത്തിൽ ഈ ശ്ലോകത്തിന് തന്നെ അർത്ഥം പറയാം ആദ്യം ലൗകികമായ അർത്ഥം പറയാം ലൗകികമായ അർത്ഥം പറഞ്ഞാൽ മനുഷ്യര് ലൗകികമായ കാമനകൾ നേടിയെടുക്കാനായിട്ട് അവരുടെ ഊർജത്തിനെ മുഴുവൻ ചെലവഴിക്കും അതേപോലെ തത്വജ്ഞാനികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സമുദ്രന്തിഹ്യ ആത്മാനം ആത്മനീവ അശുഭാഷയാത് അവരവരെ തന്നെ സമുദ്ധരണം ചെയ്യണം എങ്ങനെ അശുഭത്തിൽ നിന്നും ഒരു ചളിയിൽ നിന്നും സ്വയം എഴുന്നേൽക്കണം അറിവുള്ള ആളുകൾ വ്യവസായാത്മിക ബുദ്ധി ഉള്ളിലങ്ങട് നിശ്ചയിച്ച് ഭഗവത്പ്രാപ്തിയാണ് ജീവിത ലക്ഷ്യമെന്ന് നിശ്ചയിച്ചാൽ ഒരു ബുദ്ധനും നമുക്കും എന്താ വ്യത്യാസം നമ്മളെ പോലെ ചോറ് തന്ന ആളാണ് അദ്ദേഹം നമ്മളെ പോലെ ഉറങ്ങിയ ആളാണ് അദ്ദേഹത്തിന് ഒരു കുട്ടിയും ബുദ്ധന് നമുക്ക് എന്ത് വ്യത്യാസം ബുദ്ധൻ എവിടെയോ തീരുമാനിച്ചു ലോകത്തിനെ കണ്ടു ആട് കണ്ടു മരിക്കുന്നത് കണ്ടു വ്യാധിഗ്രസ്തരായിട്ടിരിക്കുന്നത് കണ്ടു പേടിച്ചു ഇവിടെ കിടന്ന് കളിക്കാൻ നേരമില്ല എന്ന് തീരുമാനിച്ചു ചുറ്റും തീയാണെന്ന് കണ്ടു പുറത്തു ചാടണം തീരുമാനിച്ചു ബുദ്ധന്റെ ജീവിതം മുഴുവൻ അദ്ദേഹത്തിന് ഒരു ഉദാഹരണമായിരുന്നു ഹൗസ് ഈസ് ഓൺ ദ ഫയർ ബുദ്ധന്റെ ഒരു ടീച്ചിങ് ആയിരുന്നു നിങ്ങളുടെ വീട് തീയിലാണ് വീട് തീയിലാണ് പുറത്ത് ചാടൂ അപ്പൊ ഒരു ശിഷ്യൻ ചോദിച്ചു അത്രേ ബുദ്ധനോട് സ്വാമി അങ് വീട് തീയിലാണെന്ന് പറയണു എങ്ങനെ പുറത്ത് ചാടും എന്ന് ചോദിച്ചു അപ്പൊ ബുദ്ധൻ പറഞ്ഞു വീട് തീയിലാണെന്ന് നീ കണ്ടാൽ ഈ ചോദ്യമേ ചോദിക്കില്ലേ ചാടും നീ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് വിവേകം കൊണ്ട് കണ്ടാൽ പുറത്ത് എങ്ങനെ ചാടും എന്നുള്ള ചോദ്യമേ ഉണ്ടാവില്ലേ ചാടും ചോദിച്ചുകൊണ്ടിരിക്കോ തീയാണ് വീട് എന്ന് കണ്ടാൽ ജനലിൽ കൂടെ ചാടണോ വാതിൽ തുറന്നിട്ട് ചാടണോ ഓട് കൂടെ മേലെ കൂടെ കയറി ഒന്നും ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും ചാടും പുറത്ത് അതേപോലെ നല്ലവണ്ണം പ്രായണ മനുജാലോകെ ലോകതത്വ വിചക്ഷണാഹ ലോകതത്വം നല്ലവണ്ണം അറിയുന്ന മനുഷ്യര് അവരവരെ തന്നെ സമുദ്ധരണം ചെയ്യും ചെയ്യുന്നത് ലോകത്തിൽ നമ്മൾ കാണുന്നതാണ് എല്ലാവർക്കും അവനവന്റെ വിവേകം തന്നെ ഗുരു നമ്മളുടെ വിവേകം ഇപ്പൊ ബുദ്ധനെ പോലെ രാമകൃഷ്ണ പരമവംശരെ പോലെ പാരമാർത്ഥികത്തിന് നേരെ തിരിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഉദ്ധരിക്കും നമ്മളിപ്പോ നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പാരമാർത്ഥികം എന്താണെന്ന് അറിയാതെ ഉദ്ധരിക്കണം ഉള്ളൂ നമ്മൾ ധരിക്കുന്നത് എന്താ കുറച്ചിവിടെ കുറച്ച് പണം കുറച്ച് കാറ് അതേ ഇത് മറ്റു കാര്യങ്ങളും ഒക്കെ നേടിയെടുത്താൽ ശരിയായി എന്ന് നമ്മളുടെ ഉള്ളിലുള്ള അവിവേകം പറയണത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ അതൊക്കെ നേടിയെടുത്ത് വയ്ക്കണു എന്നിട്ട് അതിന്റെ ഇടയിലിരുന്നു ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു ആ സെന്റർ തന്നെ വിവേകം ഉദിച്ച് ആ വിവേകം നമ്മളെ ഉപദേശിക്കാൻ പരിഭാഗപ്പെട്ടാല് നമ്മളും ഒരു ബുദ്ധനാണ് നമ്മളും രാമകൃഷ്ണ പരമഹംസരാണ് നമ്മളും ഒരു ഒരു വിശേഷമൊന്നുമില്ല രണ്ടു കൊമ്പൊന്നും മുളച്ചില്ല വിവേകം തെളിഞ്ഞു വരുമ്പോ ആത്മന ഗുരു ആത്മൈവ പുരുഷ വിശേഷത യക്ഷ അനുമാനം ശ്രേയോസാവനുവിന്ദൻ തന്നെ ഗീതയിൽ അർജുനനോട് പറഞ്ഞു ഉദ്ധരെ ആത്മനാത്മാനം നത്മാനമവസാധേത് ആത്മൈവ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മന ബന്ധുരാത്മാത്മനസ്ഥേനാത്മൈവ ആത്മന ജിദ അനാത്മനസ്തു ശത്രു വർദ ആത്മൈവ ശത്രുവത് ജിതാത്മന പ്രശാന്ത പരമാത്മാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തനയോ ഭഗവാൻ ഗീതയിൽ പറഞ്ഞതിനെ ചുരുക്കി ഇവിടെ പറയാണ് ഒരുത്തൻ തന്നെ താൻ തന്നെ ഉദ്ധരിക്കണം വേറെ ആരും വിചാരിച്ചാൽ ഉദ്ധരിക്കാൻ പറ്റില്ല ബാക്കിയുള്ളവർക്കൊക്കെ ഏകദേശം വഴി കാണിച്ചു തരാൻ പറ്റും ഡോക്ടറും മരുന്നൊക്കെ എഴുതി തന്നു നിങ്ങൾ വേണ്ട കഴിക്കാൻ ചിലർ ഡോക്ടറെ റെഗുലറായിട്ട് പോയി കാണും ഡോക്ടറും പറഞ്ഞതൊന്നും ചെയ്യില്ല വൈദ്യൻ പത്യം കൊടുത്ത പത്യമൊക്കെ വൈദ്യം തന്നെ ചെയ്യണം ചിലപ്പോ പത്യം ആയുർവേദ മരുന്നാളി മഹാവശമായിരിക്കും െ ഗുരു കാണിച്ച മാർഗത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു ആത്മനഹ ഗുരു ആത്മൈവ ഈ ജീവന് വിവേകം തന്നെ ഗുരു പുരുഷ വിശേഷത പ്രത്യേകിച്ചും പുരുഷൻ പുരുഷന്ന് വെച്ചാൽ ഭഗവാൻ ഇവിടെ പറയണത് വിവേകമുള്ള മനുഷ്യൻ വിവേകമുള്ള മനുഷ്യന് അവന്റെ ഉള്ളിൽ ഭഗവാൻ തന്നെ ഒരു വിവേകം കൊടുത്തിരിക്കുന്നു സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുന്നു മൃഗങ്ങൾക്കും പക്ഷികൾക്കൊന്നും ആ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് കൊണ്ട് അവര് അനാദി കാലം മുതൽക്ക് ഇന്നേ പ്രകൃതിയുടെ നിയമം തെറ്റിക്കാതെ പ്രകൃതിയുടെ ഇരുന്നു കൊണ്ടിരിക്കണം ഭഗവാൻ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് തന്നെ നമ്മൾ വഴി തെറ്റിയിട്ട് പക്ഷിയെ കണ്ട് ആകാശത്തിൽ പറക്കുന്നു മത്സ്യത്തിനെ കണ്ട് സമുദ്രത്തിനുള്ളിൽ പോകുന്നു പ്രകൃതിയെ മുഴുവൻ അടിക്കാനും പൊടിക്കാനുമുള്ള ശക്തി മനുഷ്യന് തന്നിരിക്കണം ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ശക്തി അത് ഷോർട്ട് സർക്യൂട്ട് അടിച്ചിട്ടാണ് ഇത്രയും കുഴപ്പം ഉണ്ടാക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യൻ മാത്രം എന്താ ഇങ്ങനെ എല്ലാം വിപരീതമായിട്ട് ഒരു ഇതുവരെ ഒരു ടി കാണുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ വേണമെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് പഠിപ്പിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും അത് വേറെ കാര്യം ഒരു പശുവോ ഒരു പക്ഷിയോ അതിന് ബോർ അടിച്ചിട്ട് വരുന്നതും സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്താന്ന് വെച്ചാൽ അതൊക്കെ പ്രകൃതിയുടെ കൺട്രോളിലാണ് നമുക്ക് മാത്രം നിശ്ചയമായിട്ടും പ്രകൃതി ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആത്മസാക്ഷാത്കാരം നേടാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് തന്നിട്ടില്ല എന്ന് ആര് പറയണോ അയാളൊരു വിഗ്രഹമാണ് അല്ലെങ്കിൽ ശാസ്ത്ര ആനാർത്ഥിക്കം ശാസ്ത്രങ്ങൾക്ക് അനർത്ഥം വന്നു പോകും ഇത്രയധികം ആചാര്യന്മാർ വന്നവരൊക്കെ അനർത്ഥമായിട്ട് പോകും നമുക്ക് ആ സ്വാതന്ത്ര്യം ഭഗവാൻ കള്ളം പറഞ്ഞു പോയി വരും അസത്യവാദിത്വം ഈ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഈശ്വരൻ അസത്യവാദിയായി പോകുന്നു സ്വാതന്ത്ര്യമുണ്ട് തത്വ തത്വജ്ഞാനത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് വിശ്വസിക്കുക നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവും ബിക്കോസ് യു ആർ ദ ട്രൂത്ത് വാട്ട് യു സേ ഇറ്റ് വിൽ ബിക്കം ട്രൂത്ത് ആ സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം തന്നെ ഗുരുതത്വം ആ സ്വാതന്ത്ര്യം തന്നെ വഴി പഴിക്കുമ്പോൾ രണ്ടും ഒരേ എനർജി തന്നെ വഴി തെറ്റിയാൽ അത് തന്നെ മായ ശുദ്ധമായാൽ ഗുരുതത്വം ആത്മന ഗുരു ആത്മൈവം പുരുഷ വിശേഷത പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതെ ചിലതൊക്കെ പ്രത്യക്ഷമായിട്ട് കണ്ടിട്ട് നമുക്ക് ശ്രേയസുഖം ഉള്ള മാർഗം കണ്ടുപിടിച്ചോളാം പ്രത്യക്ഷമായിട്ട് എന്തൊക്കെ കാണുന്നു ദുഃഖാനി ആലോക്യ ജന്തുഷു ജന്തുക്കൾ മനുഷ്യര് പല ജീവിക്കുന്നത് ലോകത്തിൽ കാണുക അവർക്ക് എന്തെന്ത് വ്യവഹാരങ്ങൾ കൊണ്ട് ദുഃഖമുണ്ടാവുന്നു എന്നുള്ളത് നല്ലവണ്ണം കാണുക ചിലതൊക്കെ അനുമാനം കൊണ്ട് അറിയാം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള അനുമാനം കൊണ്ടറിയാം ചില ദുഃഖങ്ങൾ നമുക്കും വന്നിട്ടുണ്ടെങ്കിൽ പൂർവകർമ്മം ഏതോ പ്രാരംഭ കർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ കർമ്മങ്ങളിൽ ഇനി നമ്മൾ പോയി കുടുങ്ങരുത് എന്നുള്ളത് അനുമാനം കൊണ്ട് ഊഹിച്ചെടുക്കാം പുറമേക്ക് ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കുക ചിന്തയെ വിവേകമാവുന്ന കുലിശം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക ചിന്ത കൊണ്ട് പതുക്കെ പതുക്കെ പതുക്കെ ഡിസ്റ്റർബിംഗ് എലമെന്റ്സ് മുഴുവൻ എടുത്ത് പുറത്തു കളയണം ആ ഡിസ്റ്റർബിംഗ് എലമെന്റ്സ് എടുത്ത് പുറത്തു കളയാനായിട്ട് ഈ വിവേകത്തിന് ഉപയോഗിക്കുന്നവൻ പുറമേക്ക് പ്രത്യക്ഷമായിട്ട് ുഃഖം സർവം അനുസ്മൃത്യ നിവർത്തയേറ്റ് കാണുന്നതിൽ ദുഃഖം കണ്ട് കണ്ട് കണ്ട് പതുക്കെ പതുക്കെ നിവർത്തിപ്പിക്കണം മനസ്സിനെ അതിൽ നിന്ന് നിവർത്തിപ്പിച്ചാൽ എന്താകും ശാന്തി ഉണ്ടാകും ഏതേത് ഉപേക്ഷിക്കപ്പെടുന്നോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനഃപ്രസാദം ഉണ്ടാവും എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുന്നത് കൊണ്ടല്ല നല്ലത് ചെയ്യുന്നതിനേക്കാളും പ്രയോജനം ചീത്ത ഉപേക്ഷിക്കുന്നതിനുണ്ട് എപ്പോഴുമേ ഉപേക്ഷയ്ക്ക് ഉള്ള ബലം ചെയ്യുന്നതിനില്ല ഒരു പൂജ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു കള്ളം പറയാതിരിക്കുന്നതിനാണ് ഒരു അമ്പലത്തിൽ പോകാൻ പോകുക എന്നൊരു സ്പെഷ്യൽ കർമ്മം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ള കാപ്പട്ടിയൊക്കെ ചെയ്ത് അമ്പലത്തിൽ പോയിട്ട് വരും ഒരു അമ്പലത്തിൽ പോകുന്നതിനേക്കാളും പ്രയോജനം ഒരു കാപട്യം കാണിക്കാതിരിക്കുന്നതിനുണ്ട് ഒരു ധ്യാനം ചെയ്യുന്നതിനേക്കാളും പ്രയോജനം സിനിമ കാണാതിരിക്കുന്നതിനുണ്ട് ചിലതൊക്കെ ചെയ്യാതിരുന്നാൽ തന്നെ നമുക്ക് ശാന്തി ഉണ്ടാവും മാസികകൾ വായിക്കരുത് ആരോഗ്യമാസിക ഒട്ടും വായിക്കരുത് എന്താ കാരണം അറിയോ വേറെ ഒരു കാര്യം പറയാം പരസ്പരം വ്യാധിയെക്കുറിച്ച് വർത്തമാനം പറയരുത് എന്താന്ന് വെച്ചാൽ നമുക്കൊക്കെ പേടിയുണ്ട് ശരീരത്തിനെ കുറിച്ചുള്ള ഭയമുണ്ട് ആരെങ്കിലും ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സംരംഭയോഗം എന്ന് ഭാഗവതം പറയണോ അതെ ഭയം കാമം അസൂയ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചിന്തിക്കണോ അതൊക്കെ ഉള്ളിൽ പതിയും അതൊക്കെ എനർജിയാണ് ആരെങ്കിലുമൊക്കെ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഭയസോടെ കേട്ടുകൊണ്ടിരിക്കും യു വിൽ സക്കിറ്റ് ഉള്ളിലേക്ക് അങ്ങനെ വലിച്ചെടുക്കും ആരെങ്കിലും വ്യാധിയെക്കുറിച്ച് വർത്തമാനം പറയുകയാണെങ്കിൽ ആ സ്ഥലം അവിടെ നിൽക്കാൻ പാടില്ല ചോദിക്കരുത് മറ്റുള്ളവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യാധിയോ ഉണ്ടോ എന്ന് ചോദിക്കരുത് നമുക്ക് ഒരു വ്യാധിയും നമ്മുടെ സ്വരൂപമല്ല അനാമയ തത്വമാണ് നമ്മൾ ആത്മവസ്തുവ ശരീരമാണ് വ്യാധി എന്തെങ്കിലും വന്നാൽ തലവേദന വന്നാൽ മരുന്ന് കഴിക്കാം പക്ഷെ തലവേദന വന്നു വന്നു വന്നു പറയാൻ പാടില്ല മറ്റുള്ളവരോട് പോയി പറയാൻ പാടില്ല മറ്റുള്ളവരുടെ കാര്യം ചോദിക്കാൻ പാടില്ല ചികിത്സ ചെയ്യാം പക്ഷെ ചികിത്സയെക്കുറിച്ചോ വ്യാധിയെക്കുറിച്ചോ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല ഇറ്റ് ഈസ് അൺട്രൂത്ത് ചികിത്സ തെറ്റല്ല എന്താന്ന് വെച്ചാൽ വിഷം എന്നാൽ കഴിക്കണം പക്ഷെ ഊണ് കഴിക്കണം ഊണ് കഴിക്കണം അത് വർണ്ണിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല വ്യാധി എന്തെങ്കിലും വന്നാൽ ചികിത്സയ്ക്ക് നോക്കാം പക്ഷേ വ്യാധിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കരുത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചിലതൊക്കെ ഉപേക്ഷിച്ചാൽ ഉള്ള പ്രയോജനം ചിലതൊക്കെ ചെയ്യുന്നത് കിട്ടില്ല ചെയ്യുന്നത് എക്സ്ട്രാ അത് വേറെ ഇരിക്കട്ടെ നിങ്ങൾ പകരം ആ സമയം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജപം അനുഷ്ഠാനം നമസ്കാരം അമ്പലത്തിൽ പൊക്കമൊക്കെ ചെയ്തോളൂ അതെന്താവെന്ന് വെച്ചാൽ പോസിറ്റീവ്ലി യു ആർ എൻഗേജിംഗ് യുവർ സെൽഫ് ഇൻ സംങ് നോബിൾ നല്ലതായിട്ട് എന്തിലോ ചെയ്യുന്നു പെടുന്നുകൊണ്ട് ഈ നെഗറ്റീവലി പെടില്ല പക്ഷേ ആ നല്ലത് ചെയ്യുന്നതിനല്ല ബലം ഈ ചീത്ത ഉപേക്ഷിക്കുന്നതിനാണ് ബലം അപ്പൊ പ്രത്യക്ഷമായിട്ട് ലോകത്തിൽ ചിലത് കണ്ട് കണ്ട് കണ്ട് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു ചിലത് ചെയ്യാൻ പാടില്ല ഈ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുന്നതിന്റെ ഗുണം വേണ്ടാത്തരം ചെയ്യുന്നതില് നല്ലത് ചെയ്യുന്നതിലില്ല ഒന്നും ഒന്നിന് പകരമാവുകയില്ല അങ്ങനെ ധരിക്കുക വേണ്ട നമ്മൾ കുറെ കള്ളം പറഞ്ഞിട്ട് പിന്നെ ചില പ്രായശ്ചിത്തമായിട്ട് കുറെ അമ്പലത്തിൽ പോയി ചിലതൊക്കെ ചെയ്താൽ ഈ പ്രായശ്ചിത്തം ഈ കള്ളത്തിന് പകരമാവുകയില്ല ആ പ്രായശ്ചിത്തം ചെയ്തിട്ടില്ലെങ്കിലും വേണ്ട ഈ കാപ്പ്യം ഉപേക്ഷിച്ചാൽ അപ്പൊ ലോകത്തില് പതുക്കെ പതുക്കെ പതുക്കെ കണ്ട് ഏതേത് നമ്മളെ വിഷമിപ്പിക്കുന്നുവോ അതിൽ നിന്നും പിൻവാങ്ങാൻ എങ്ങനെ പിൻവാങ്ങാൻ കഴിയും നല്ലവണ്ണം അത് നമ്മളെ വിഷമിപ്പിക്കണു എന്ന് നല്ലവണ്ണം കണ്ടാൽ അതിൽ നിന്ന് നമ്മൾ സഹജമായി പിൻവാങ്ങും അങ്ങനെ പിൻവാങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഇനിയും അതിനെ വിഷമിപ്പിക്കുന്ന വിധ വസ്തുവായിട്ട് കണ്ടിട്ടില്ല എന്നർത്ഥം ഇപ്പൊ തീ ആരെങ്കിലും പോയി തൊടുവോ എന്തുകൊണ്ട് തൊടാൻ പാടില്ല നന്നായിട്ടുണ്ടല്ലോ അത് സ്വർണം പോലെ ഉണ്ടല്ലോ ഏ അത് തൊട്ടാ പൊള്ളും എന്ന് എനിക്ക് നല്ലവണ്ണം എന്റെ ഓരോ കോശത്തിനും അറിയുന്നത് കൊണ്ട് ആര് പറഞ്ഞാലും ഞാൻ തൊടില്ല അല്ലെ ഇതേ നിയമം തന്നെ എല്ലാ വസ്തുക്കളോടും ഒരു വസ്തു എനിക്ക് ഇനിയും കേട്ടിട്ടും അത് പ്രാവർത്തികമാവണില്ലെങ്കിൽ ഇനിയും ഞാൻ ശരിക്കും അത് കേട്ട് ചിന്തിച്ച് ഉറപ്പിച്ചിട്ടില്ല എന്നർത്ഥം ഉറപ്പിച്ചാൽ മാറും വിട്ടുപോകും അപ്പോ പ്രത്യക്ഷ അനുമാനാഭ്യാം പ്രത്യക്ഷമായി ലോകത്തിന് ദുഃഖം എന്തെന്തുകൊണ്ട് വരുന്നു എന്ന് നല്ലവണ്ണം കണ്ട് ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട് നമ്മളിപ്പോ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ ആഫ്റ്റർ ഇഫക്ട് പിന്നീട് വന്ന് നമ്മളെ ദുഃഖിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് അനുമാനം കൊണ്ടറിഞ്ഞും നമുക്ക് എങ്ങനെ ജീവിച്ചാൽ നമുക്ക് മംഗളം ശ്രേയസ് ഉണ്ടാകുമോ അതിനെ നല്ലവണ്ണം അടിത്തറയിട്ട് ഉറപ്പിച്ചിട്ട് തന്നെ താൻ തന്നെ ഉദ്ധരിക്കണം ആത്മനഹ ഗുരു ആത്മൈവൻ പുരുഷ വിശേഷത ഒരു പുരുഷന് ആത്മാ തന്നെ ഗുരു സൂക്ഷ്മ അർത്ഥത്തിൽ ജ്ഞാനം അകമേ നിന്ന് തന്നെ ഉണ്ടാകണം ഇന്ന് രാവിലെ യോഗവാസിഷ്ടത്തിൽ കണ്ടു അസിസ്റ്റന്റ് പറഞ്ഞു രാമ ഒരു ഗുരു ഒരു ശിഷ്യനെ ഉപദേശിക്കാം പറയുന്നത് ഒരു വ്യവസ്ഥാപാലനം മാത്രമാണ് വാസ്തവത്തിൽ ഈ ശിഷ്യന്റെ പക്വതയാണ് കാരണം ഉപദേശക്രമോരാമ വ്യവസ്ഥാമാത്ര പാലനം ഞപ്തേസ്തു കാരണം നൂനം ശിഷ്യപ്രജ്ഞ ഇവ കേവല ഈ ശിഷ്യന് നല്ല തെളിഞ്ഞ പ്രജ്ഞയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപദേശം കിട്ടിയാൽ രക്ഷപ്പെടും യാഥാസത്യ ഉപദേശേന കൃതാർത്ഥ സത്വബുദ്ധിമാൻ ആജീവമഭി ജിജ്ഞാസുഹു പരസ്പത്ര വിമുഖ്യതീന്ന് ചിലര് ജീവിതം മുഴുവൻ ജിജ്ഞാസുക്കളായിരുന്നിട്ടും സത്യം കണ്ടെത്തില്ല ഗുരു കൊടുക്കണ ഗുരു എല്ലാവർക്കും ഒരേപോലെ തന്നെ കൊടുക്കണത് പക്ഷെ ഈ സ്വീകരിക്കണ ആളുടെ പക്വതയാണ് മുഖ്യം സ്വീകരിക്കണ ആൾ നല്ല പഴുത്ത പഴമായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ താൻ തന്നെ കഴിയും പുറമേ നിന്ന് ഗുരു ഉപദേശിച്ച് പുറമേക്ക് ബഹിർമുഖമായിരിക്കുന്ന മനസ്സിനെ അകമേക്ക് തിരിച്ചുണ്ട് മനസ്സ് അന്തർമുഖമായി കഴിഞ്ഞാലോ ആ മനസ്സ് തന്നെ സ്വയം തത്വത്തിനെ കണ്ടെത്തും തന്നിൽ താനായി പ്രകാശിക്കുന്ന തത്വത്തിനെ തന്നിൽ തന്നെ കണ്ടെത്തും വലിയ വലിയ ആചാര്യന്മാർക്കൊന്നും പലർക്കും പുറമേക്ക് ഗുരുവില്ല രമണ മഹർഷിക്കില്ല ബുദ്ധന് ആരൊക്കെയോ വഴി കാണിച്ചു കൊടുത്തു അദ്ദേഹം സത്യം കണ്ടെത്തി രാമകൃഷ്ണ പരമംസർക്കും പലരും വന്നു പോയിക്കൊണ്ടിരുന്നു അടുത്ത കാലത്തുണ്ടായിരുന്ന പല തപോവന സ്വാമിക്കും പുറമേക്കൊരു ഗുരു ഉണ്ടായിരുന്നില്ല ആരെയൊക്കെ അദ്ദേഹം ആശ്രയിച്ചുവെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് വഴികൂട്ടിക്കൊണ്ടുപോയതൊന്നുമില്ല എന്നിട്ടും അവരൊക്കെ സത്യം കണ്ടെത്തി നമ്മുടെ മഹർഷിക്ക് ഗുരു ഇല്ല എന്ന് പറഞ്ഞാൽ സത്യമല്ല അദ്ദേഹത്തിനും ഗുരുവുണ്ട് തപോവന സ്വാമിക്കും ഗുരുവുണ്ട് പക്ഷേ ഗുരു ഇവർ സ്വീകരിച്ചതാണ് മഹർഷിയുടെ ഹൃദയത്തില് അരുണാചലം ഗുരുവായി പ്രകാശിച്ചു കുറ്റമുറ്റ അറുത്തനെ ഗുണമായി പണിത്താൾ ഗുരുഗുരുവായൊളിർ അരുണാചല അരുണാസല എന്റെ സകല ചാബല്യങ്ങളും വികൽപ്പങ്ങളും നീക്കി എന്നെ പൂർണ്ണ സ്ഥിതിയിലിരുത്തി ഗുരുവായി അവിടുന്ന് പ്രകാശിക്കൂ ഈ ജീവനാണ് ഗുരുവിനെ ഉണ്ടാക്കണതേ നമ്മളാണോ ഗുരുവിനെ ഉണ്ടാക്കണത് അച്ഛനാണോ ആദ്യം വന്നത് മകനാണോ അച്ഛൻ ആദ്യം വന്നു മകനാദ്യം വന്നു പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ നമ്മൾ പറയാം അച്ഛനാണോ എന്ന് പറയും മകൻ ജനിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അച്ഛൻ എന്നുള്ള പേര് വന്നത് അതേപോലെ ഗുരുവാണോ ശിഷ്യനാണോ വെച്ചാൽ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു ഋഷികേശലി അടുത്ത കാലത്ത് അദ്ദേഹം സമാധിയായി അദ്ദേഹം പറയും അദ്ദേഹത്തിനടുത്ത് ഒരാൾ ചെന്ന് പറഞ്ഞു സ്വാമി എനിക്ക് മനസ്സിന് ശാന്തിയേ ഞാൻ ഇത്ര കാലം ഒരു ഗുരുവിൽ നിന്നും മറ്റൊരു ഗുരു ഒരു ഗുരുവിൽ നിന്നും മറ്റൊരു ഗുരുവിന്റെ അടുത്തേക്ക് പോവുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയരുത് നീ ഒരു ഗുരുവിൽ നിന്നും മറ്റൊരു ഗുരുവിലേക്ക് ഇതുവരെ പോയിട്ടേ ഇല്ല ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു അത്രയേ ഉള്ളൂ വ്യക്തി ഗുരുവാകില്ല ഗുരുവാണെങ്കിൽ അവിടെ നിന്നു പോകും നീ ഇല്ലാതായിട്ട് തീരും ഗുരുവിന്റെ ലക്ഷണം എന്താ ഈ ശിഷ്യനെ ഇല്ലാതാക്കണവനാണ് ഗുരു അപ്പൊ ഒരു ഗുരുവിൽ നിന്ന് വേറൊരു ഗുരുവിലേക്ക് പോവാനേ പറ്റില്ല ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വേണമെങ്കിൽ പോവാം അതായത് ഇനി അവിടെ സംഭവിച്ചിട്ടില്ല എന്നർത്ഥം ഒരു മനുഷ്യൻ അച്ഛനാവുന്നത് എപ്പോഴാ അയാൾക്ക് കുട്ടി ഉണ്ടാകുമ്പോ അതിനു മുമ്പ് അച്ഛൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു പേരായിരിക്കും അല്ലെ അതേപോലെ ഒരു ശിഷ്യന് ജ്ഞാനമുണ്ടാകുമ്പോഴാണ് ആ അയാൾക്ക് കാരണമായിരുന്ന ആൾ ഗുരുവായിരിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് ഗുരു എന്ന് പേരില്ല ഒരു വ്യക്തി ടീച്ചർ ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം ഈസ് എ ടീച്ചർ എപ്പോ ഗുരു എന്നുള്ള പേര് വരുന്നു എന്ന് വെച്ചാൽ ഈ ശിഷ്യന്റെ ഉള്ളിലുള്ള അന്ധകാരം പോകുമ്പോ അയാൾക്ക് ഗുരു എന്നുള്ള പേര് ആ പ്രക്രിയാണ് ഗുരുവാക്കുന്നത് അല്ലാതെ ഒരു സ്വീകരിക്കലോ മന്ത്രം ഉപദേശിക്കലോ ഒക്കെ വെറുതെ നമുക്ക് വാർത്തയ്ക്ക് പറയാം ഗുരു എന്ന് ഗൂശബ്ദസ്തു അന്ധകാരസ്യാ ഗ്രൂശബ്ദസ്ഥൻ നിരോധക അന്ധകാര നിരോധിത്വാ ഗുരുരിത്യഭിധീയത്തെ അപ്പൊ ഗുരു ഈ ജീവന്റെ ഉള്ളിലുള്ള അജ്ഞാന ആവരണത്തിനെ നീക്കുന്നവനാണ് പ്രകാശം നമ്മളുടെ ഉള്ളിലുണ്ട് പക്ഷെ ആ പ്രകാശത്തിനെ ഒരു ആവരണം മറച്ചിരിക്കുന്നു ആ ആവരണം ക്ഷയിക്കുന്ന സമയത്ത് പ്രകാശം തെളിയും പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നു ഒരു ജീവന തത്വം തെളിയുമ്പോ പ്രകാശാവരണ ഉള്ളിലുള്ള പ്രകാശത്തിനെ മറച്ചുകൊണ്ടിരിക്കുന്ന ആവരണം ക്ഷയിക്കുമ്പോ പ്രകാശം തനിയെ വെളിവരും പുറമേക്കൊരു ഗുരു സൂചന തൻ അകമേക്ക് ജീവൻ സൂചന കൊണ്ട് ഹേതുനൈവ സമീഹന് എന്ന് ലൗകിക ഉദാഹരണം പറയുന്നത് പോലെ പുറമേക്കുള്ള എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ട് തന്നെ തന്റെ ജ്ഞാനക്കൊന്നുകൊണ്ട് തന്നെ സ്വയാ സത്വസ്ഥയാധിയ തന്റെ ശുദ്ധമായ ബുദ്ധിയിൽ ഈ ബോധം പ്രതിബിംബിച്ച് ഉള്ളിൽ കാണും ബോധത്തിനെ ബോധം കൊണ്ട് കാണും താൻ തന്നെ തന്റെ കണ്ണുകൊണ്ട് കാണും ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യ രൂപ ഹരിനാരായണായ നമ അതായത് ബുദ്ധിക്ക് എന്തെങ്കിലും അറിവ് സപ്ലൈ ചെയ്യാനല്ല ഗുരു അത് ഏത് പുസ്തകവും ചെയ്യും ഏത് യൂണിവേഴ്സിറ്റി ടീച്ചർക്കും തരാം എന്താ പറഞ്ഞ് ബുദ്ധിയുടെ മണ്ഡലത്തിലോ മനസ്സിന്റെ മണ്ഡലത്തിലോ സ്പർശിക്കാനല്ല മറിച്ച് ഹൃദയത്തിൽ താൻ പേറിയിരിക്കുന്ന ദീപത്തിനെ കൊളുത്തിവിടാനാണ് ഗുരു ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യരൂപഹരി നാരായണായ നമ്മ താൻ എന്താണോ അതിനെ ശിഷ്യനിലേക്ക് ഊതി ആവേശിപ്പിക്കലാണ് ഗുരുവിന്റെ വേല ആ ബോധത്തിന് തന്റെ ഉള്ളിൽ നിന്നും ശിഷ്യനിലേക്ക് ആവേശിപ്പിക്കൽ ആ ആവേശിപ്പിക്കൽ എന്ന് വെച്ചാൽ അതിനെ മിഴുങ്ങാനുള്ള ശക്തി ഇയാൾക്കും ഉണ്ടാവണം ഇത് രണ്ടും കൂടെ പൂർണ്ണമായാൽ ആത്മനഹ ഗുരുഹു ആത്മൈവ് താൻ തന്നെ തനിക്ക് ഗുരുവായി പിന്നെ രണ്ടാമത് ഒരു ഗുരു പുറത്തില്ല കണ്ണുടേ വള്ളലാർ ഒഴിവിലൊടുക്കത്തിൽ പറയുന്നു ശിഷ്യൻ ജ്ഞാനമുണ്ടായപ്പോ ഗുരുവിനോട് ചോദിക്കുക ഇന്ന് രാവിലത്തെ കഥ പറഞ്ഞ പോലെ ഞാൻ അങ്ങേക്ക് എന്ത് തരണം ചോദിച്ചു ശിഷ്യൻ ഗുരു പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ നടക്കുന്നതാണ് ഇനി ഇവിടെ നിന്നൊന്നും ഉപദ്രവിക്കരുത് തിരിഞ്ഞു നോക്കാതെ നടക്കൂ ഈ ദ്വൈതബുദ്ധിയെ വിട്ട് തിരിഞ്ഞു നോക്കാതെ നടക്കൂന്ന് സത്യനിശ്ചയം വന്നവരൊക്കെ അങ്ങനെയാണ് അവരൊന്നും ആരെ അടിമയാക്കില്ല എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും മറ്റുള്ളവരെ അടിമയാക്കുകയാണെങ്കിൽ സൂക്ഷിച്ചോളൂ ഗുരുവിന്റെ ലക്ഷണം തന്നെ നമ്മളെ ആത്മാഭിമുഖമായി സ്വരൂപാഭിമുഖമായി തിരിച്ചുവിടുന്നവൻ ഗുരു ഏതൊരുത്തൻ തന്റെ ശരീരത്തിന് അഭിമുഖമായി വ്യക്തികളെ തിരിച്ചുവിടുന്നു അവൻ കാലനേമിയാണ് രാമകൃഷ്ണ പരമഹംസരെ ആരെങ്കിലും ഗുരു എന്ന് വിളിച്ചാൽ അദ്ദേഹം പറയും എന്നെ കുന്തം കൊണ്ട് കുത്തണ പോലെ വിളി രമണ മഹർഷിയോട് സാൾബ്രണ്ടനൊക്കെ അങ്ങ് എന്റെ ഗുരുവായിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ മഹർഷി പറഞ്ഞു എന്താ ഈ വർത്തമാനം ഗുരു ശിഷ്യൻ എന്നൊക്കെ ഇവിടെ ആര് ഗുരു ആര് ശിഷ്യൻ എല്ലാം ഒരേ ആത്മവസ്തു ഞാനിയുടെ സ്ഥിതി അതാണ് മേജർ ചാഡ്വിക് മഹർഷിയോട് ചോദിച്ചു ഭഗവാനെ അങ്ങ് ഗുരുവുമില്ല ശിഷ്യനും എന്ന് പറയണോ അപ്പൊ ഞങ്ങളുടെയൊക്കെ സ്ഥിതി എന്താ ശാസ്ത്രം പറയണു ഒരു ഗുരുവില്ലാതെ ഞാനും ഉണ്ടാവില്ല എന്ന് പറയണു അപ്പൊ ഞങ്ങളുടെ സ്ഥിതി എന്താന്ന് ചോദിച്ചു അപ്പൊ മഹർഷി അതൊന്ന് കാരുണ്യം കൊണ്ട് ഒന്ന് തെളിച്ചു പറഞ്ഞു ശിഷ്യന്റെ ഹൃദയത്തിൽ ഗുരു എന്നുള്ള ഭാവം ഉണ്ടാവാം പക്ഷെ ഗുരുവിന്റെ ഹൃദയത്തിൽ ഇയാൾ എന്റെ ശിഷ്യനാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അയാൾ ഗുരുവേ എന്നാണ് ഗുരുവിന്റെ ഹൃദയത്തിൽ ഞാൻ ഗുരുവാണെന്നും ഇവരൊക്കെ എന്റെ ശിഷ്യന്മാരാണെന്നും ഞാൻ ഇവരെ പഠിപ്പിക്കണു എന്നും ആർക്ക് ഭാവമുണ്ടോ അവൻ ഭേദബുദ്ധിയെ പോയിട്ടില്ല പിന്നെ എങ്ങനെ ഗുരുവാവും അവൻ ഇനിയും ഭേദബുദ്ധി ഉണ്ടല്ലോ അപ്പൊ ഈ ഭേദബുദ്ധി തന്നെ വിഘ്നമാണ് യഥാർത്ഥത്തിൽ ഗുരു ആത്മാ തന്നെ നമ്മളുടെ അന്തര്യാമി തന്നെ വിവേകം തന്നെ വിവേകം ഗുരുവായി തീർന്ന് ക്രമേണ നമ്മളുടെ സ്വസ്വരൂപത്തിനെ പ്രകാശിപ്പിച്ചു പുറമേക്കൊന്നും നേടിയെടുക്കാനില്ല എന്ന് കാണിച്ചു തരുന്നു നമ്മളുടെ തന്നെ സ്വരൂപം നമുക്ക് പ്രത്യക്ഷമായി അപരോക്ഷമായി പ്രകാശിക്കും ഡയറക്റ്റ് ആയിട്ട് അനുഭവപ്പെടുന്നു ആ അനുഭവം തന്നെ ശ്രേയസ് നിശ്രേയസം എന്നൊക്കെ പറയുന്നത് ആ നിശ്രേയസത്തിനായിക്കൊണ്ട് ഭഗവാൻ പറയാണ് ഉദ്ധവ ആദ്യം പുറമേക്ക് നടക്കുന്ന മനസ്സിനെ പ്രത്യക്ഷമായിട്ട് ദുഃഖം കണ്ട് പ്രത്യക്ഷമായിട്ട് ദുഃഖം ഇല്ലെങ്കിലും ഈ ദുഃഖത്തിന് ചില കർമ്മങ്ങളൊക്കെ ഹേതുവായതുകൊണ്ട് ആ കർമ്മങ്ങളുടെ ആഫ്റ്റർ എഫക്ട് ആയിട്ട് ദുഃഖം വരും എന്ന് അനുമാനം കൊണ്ടുവിട്ട് മനസ്സിനെ അന്തർമുഖമാവാൻ പഠിപ്പിച്ച് ഹൃദയത്തിൽ ആത്മധ്യാനം ചെയ്ത് സ്വാതന്ത്ര്യം നേടുന്നവനാണ് ധീരപുരുഷ പുരുഷത്വേ തമാം ധീരാ ആവിസ്തരാം പ്രവശ്യീ സർവശക്തി ഉപബൃംഹിതം ഇച്ഛാശക്തി കൊണ്ട് ധീരന്മാരായിട്ടുള്ളവർ സത്യാസത്യ വിചാരം ശരീരം വേറെ ആത്മാ വേറെ എന്നുള്ള ദൃഢ അനുഭവത്തിനായി കൊണ്ട് പരിശ്രമിക്കുന്നവര് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിനെ സർവജ്ഞനും സർവശക്തനുമായ ഭഗവാനെ ഹൃദയത്തിൽ വിവേചനം കൊണ്ട് കണ്ടെത്തുന്നു ലോകത്തിൽ അനേകവിധ ജീവികളുണ്ട് എഴഞ്ഞു നടക്കുന്ന ജീവികൾ രണ്ട് കാലികള് നാല് കാലികള് വലങ്ങനെയുള്ളവര് വർട്ടിക്കലായിട്ട് നിൽക്കുന്നവര് ഇങ്ങനെ പല ജീവികൾ ലോകത്തിലുണ്ട് ഭഗവാൻ പറയുന്നു താസാമേ പൗരുഷി പ്രിയ അതിലെനിക്ക് മനുഷ്യ ഏറ്റവും ഇഷ്ടം എന്താ ഈ മനുഷ്യ ശരീരത്തിനൊരു വൈശിഷ്ട്യം മൃഗങ്ങളൊക്കെ കൂടെ ഒരിക്കല് ഒരു മീറ്റിംഗ് കൂടി അത്രയോ ഒരു കാട്ടില് കുറുക്കനാണ് അവരുടെ പ്രസിഡന്റ് കുറുക്കൻ പറഞ്ഞു ബാക്കിയുള്ള മൃഗങ്ങളോടൊക്കെ ഇന്നുള്ള ഈ നാട്ടു നടപ്പ് ശരിയില്ല മനുഷ്യരൊക്കെ പറയണു മനുഷ്യനാണ് ശ്രേഷ്ഠം മനുഷ്യനാണ് ശ്രേഷ്ഠം എന്ന് പറയണു എന്തിനാണിപ്പോ അവർക്ക് ഒരു ശ്രേഷ്ഠമുള്ളത് അവരെ പോലെ മഠയന്മാര് പറയാറുമില്ല ഓടുന്ന വേഗത എടുത്താൽ പുലിയുടെ ഉപ്പ ഓടാൻ മനുഷ്യന് പറ്റുമോ പറക്കുന്ന വേഗമെടുത്താൽ സ്വതന്ത്രമായി ഒരു ഡീസലും ഫ്യൂവലും ഇല്ലാതെ പറക്കുന്ന പക്ഷികളും ഇവിടെ ഉണ്ട് കൂട്ടത്തില് ഇനിയിപ്പോ പല കാര്യങ്ങളും ഈ മൃഗങ്ങൾ ചർച്ച ചെയ്തു അവർക്ക് എന്ത് വൈശിഷ്ട്യമാണ് നമ്മളെക്കാളും ഉള്ളത് അവർക്ക് ഒരു പ്രസവം വേണമെങ്കിൽ എവിടെങ്കിലും പോണം നമ്മൾ ഒരാളുടെയും സഹായമില്ലാതെ പ്രസവിക്കണോ അവർക്കാണ് വ്യാധിയും സൂക്കേടും ഒക്കെ വരുന്നത് നമുക്കൊരു വ്യാധിയും വരുന്നില്ല ഒരു സൂക്കേടും വരുന്നില്ല അവർ ഏത് വിധത്തിലാണ് നമ്മളെക്കാളും ശ്രേഷ്ഠം ഇങ്ങനെ മൃഗങ്ങൾ പലതും ചർച്ച ചെയ്തു നമുക്കിത് ലോകത്തിൽ പുനഃസ്ഥാപിക്കണം മനുഷ്യൻ ശ്രേഷ്ഠം മൃഗങ്ങളാണ് ശ്രേഷ്ഠം ഇതിപ്പോ ആരോട് ചെന്ന് പറയും അപ്പോ കുറുക്കൻ പറഞ്ഞു നമ്മളുടെ കാട്ടിന്റെ അവിടെ തന്നെ ഒരു ഋഷിയുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറയാം അദ്ദേഹം പറഞ്ഞ ഈ നാട്ടുകാരൊക്കെ കേൾക്കും ഈ ഋഷികളാണ് എന്നൊക്കെ ഇപ്പൊ വെച്ചത് അപ്പൊ ഈ മൃഗങ്ങളൊക്കെ കൂടെ ആ ഋഷിയുടെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്തു ഓരോരുത്തരായി പറഞ്ഞു ഒരു കാര്യത്തിലും മനുഷ്യർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠമല്ല പിന്നെ എന്തിനാണ് ഈ മനുഷ്യനെ ശ്രേഷ്ഠ എന്ന് പറയുന്നത് ഞങ്ങൾ എത്രയോ സുഖമായിട്ടിരിക്കുന്നു അവരെ അപേക്ഷിച്ച് ഞങ്ങൾ ആവശ്യത്തിന് ഞങ്ങൾ ഹിംസിക്കണുള്ളൂ അവര് തൊട്ട് തോന്നൂർന്ന് ഞങ്ങളെയൊക്കെ ഹിംസിക്കുന്നു ഞങ്ങൾ ലോകത്തിൽ ഇതുവരെ ഒരു അപകടവും ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഭയങ്കരമായ ജീവി ലോകത്തിനും സമൂഹത്തിനും വിശ്വത്തിനും മുഴുവൻ അപകടമാണ് എന്നിട്ട് ഈ മനുഷ്യൻ ശ്രേഷ്ഠം എന്ന് പറയണതിൽ എന്റെ അർത്ഥമാള്ളതെന്ന് ഈ മൃഗങ്ങൾ ചോദിക്കാം അപ്പൊ ഋഷി പറഞ്ഞു കാര്യമൊക്കെ ശരി പക്ഷെ ഈ മനുഷ്യന് തന്റെ ഉള്ളില് ഉയർന്ന തത്വത്തിനെ അറിയാനുള്ള വിവേകമുണ്ട് വേണമെങ്കിൽ മനുഷ്യന് ഭഗവത് സാക്ഷാത്കാരം നേടാനുള്ള വിവേകമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു അപ്പൊ കുറുക്കം വിട്ടുകൊടുത്തില്ല കുറുക്കം പറഞ്ഞു ഞങ്ങൾ കാണുന്ന മനുഷ്യരൊന്നും അങ്ങനെയൊന്നും അപ്പൊ ആ ഋഷി പറഞ്ഞു എത്ര അങ്ങനെയാണെങ്കിൽ അവര് നിങ്ങളെക്കാളും ചുവട്ടിലാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇവര് ഒരു സിന്താബാദ് വിളിച്ചുകൊണ്ട് തിരിച്ചുപോയി കാട്ടിലേക്ക് പോകുമ്പോ മൃഗങ്ങൾ പറഞ്ഞു എത്ര മനുഷ്യരൂപേണ മൃഗാശരന്തി മനുഷ്യരൂപത്തിൽ മൃഗങ്ങൾ സഞ്ചരിക്കുന്നു ലോകത്തിലെ ഹസ്തവും ദാന വിവർജിതവും ശ്രുതിപുടവും സാരസ്വതദ്രോഹിണവും നേത്രേ സജ്ജനലോകനേ നരഹിത പാദ ന തീർത്ഥം ഗതൗ അന്യാർജിതവിത്തപൂർണമുദരം ഗേണ തുംഗം ശിരഹ റെേരെ ജമ്പുകുഞ്ചമുഞ്ജസഹസ നീചം സുനിന്ദ്യം വപു കുറുക്കൻ ബാക്കിയുള്ള കുറുക്കന്മാരോടും കുറുക്ക കുട്ടികളോടും ഒക്കെ പറഞ്ഞു അത്രേ ഈ മനുഷ്യശരീരം കണ്ടാൽ ഒരിടത്തും തൊട്ടുപോകരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അശുദ്ധമാവും എന്താന്ന് വെച്ചാൽ ഹസ്തവും ദാന വിഭജിതവും ഭഗവാൻ രണ്ട് കൈ കൊടുത്തു ആ കൈ കൊണ്ട് ഒരാൾക്ക് ഒരു വസ്തു കൊടുക്കില്ല ഭഗവാൻ രണ്ട് ചെവി കൊടുത്തു സാര സരസ്വതീദേവിക്ക് ഇതുപോലെ ദ്രോഹം ചെയ്തിട്ടുള്ള സാധനങ്ങളില്ല ഒരു നല്ലത് കേട്ടിട്ടില്ല ഒരു ശാസ്ത്രം കേട്ടിട്ടില്ല ഒരു സത്സംഗത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ സാരസ്വത ദ്രോഹിണവും ഭഗവാൻ രണ്ട് കണ്ണുകൾ കൊടുത്തു അത് എന്തെങ്കിലും നല്ലത് കണ്ടിട്ടുണ്ടോ എപ്പൊ നോക്കിയാല് ആ മഹിഷാസുരന്റെ മുമ്പിൽ തന്നെ ടിവിയുടെ മുമ്പിൽ നേത്രേ സജ്ജനലോകനേന രഹിതയെ ഭഗവാൻ നല്ല ആരോഗ്യമായി രണ്ട് കാലുകൾ കൊടുത്തു പാദവും തീർത്ഥംഗതവും ഒരു തീർത്ഥക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ല കാശി വേറെ പോയി കച്ചവടം ചെയ്തിട്ട് വരും വിശ്വനാഥ ദർശനവും ഉണ്ടാവില്ല കുളിക്കില്ല പാദൗന തീർത്ഥം ഗതൗ വയറോ വലിയ കുമ്പ ഡൈനിങ് ടേബിളേ വേണ്ട അന്യായാർജിത വിത്തപൂർണ ഉദരം അന്യായമായി സമ്പാദിച്ച വിത്തം കൊണ്ട് നിറച്ച വയറെന്നാണ് തലയോ താഴേ വിനയം കൊണ്ട് ഗർവേണ തുങ്കം ശിരഹ ഗർവം കൊണ്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ശിരസ് രേ രേ ജമ്പുക അടോടോടോ കുറുക്ക അവന്റെ അടുത്തു പോവരുത് എന്നാണ് മുഞ്ചമുഞ്ച സഹസ ദൂരത്തുനിന്ന് തള്ളിക്കളയൂ നീചം സുനിന്ദ്യം വപുക അതിനീജവും നിന്ദ്യവുമായി ശരീരം തള്ളിക്കളയൂ എന്ന് ജമ്പുകന്മാര് പോലും നിന്ദിക്കുന്നതായ ശരീരം ആ ശരീരം എപ്പോ ശ്രേഷ്ഠമായിട്ട് തീരുന്നു എന്ന് വെച്ചാൽ ഭഗവത് സാക്ഷാത്കാരത്തിന് അത് പക്വമാകുമ്പോ അത്ര മാം മാർഗയന്യദ്ധാ യുക്തേതു ഗൃഹ്യമാണൈ ഗുണൈലിംഗൈ ഗ്രാ അഗ്രാഹ്യം അനുമാനത അത്ര മാം മാർഗയി അദ്ധാ യുക്തേ ഈശ്വരം ഈ മനുഷ്യശരീരത്തിൽ ഇരിക്കുമ്പോ മാം മാർഗയന്തി ഭഗവാൻ പറയുന്നു എന്നെ അന്വേഷണം ചെയ്യുന്നു എങ്ങനെ യുക്താഹാം അഹങ്കാരരഹിതമായവർ യോഗസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ താളത്തിൽ വെച്ചുകൊണ്ട് വേദാന്തം പറയുന്ന രീതിയിലുള്ള യുക്തികൾ അനുലോമ പ്രതിലോമ യുക്തികളൊക്കെ പ്രയോഗിച്ച് പലവിധത്തിലും വിചാരം ചെയ്ത് എന്നെ ശരീര മനുഷ്യ അന്വേഷിച്ചാൽ അവർക്ക് മനുഷ്യൻ എന്ന് പേര് അല്ലെങ്കിലോ ഭാഗവതം പറഞ്ഞു ജീവച്ഛവോ നിഗതിത സതു പാപകർമ്മ ഡോക്ടർ വേണമെങ്കിൽ പറയുമായിരിക്കും ശരീരത്തിൽ ജീവനം ഉണ്ടാകുന്നു പക്ഷെ അത് നടക്കുന്ന ശവം ആ ശരീരം എപ്പോ അച്ഛവത്തായിട്ട് തീരുന്നു എന്ന് വെച്ചാൽ മാം മാർഗയന്തി അദ്ധ എപ്പോ അന്വേഷണം ചെയ്യുന്നുവോ എന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നുവോ യുക്ത ഹേതുബിർ ഈശ്വരം ഗ്രഹ്യമാണൈ ഗുണൈഹി ലിംഗൈ അഗ്രാഹ്യം അനുമാനത ഗ്രഹിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാന്റെ ചില സൂചനകളൊക്കെ വെച്ചുകൊണ്ടും ഭഗവാനെ ഗ്രഹിക്കപ്പെടാത്ത പാരമാർത്ഥിക സ്ഥിതി അനുമാനം കൊണ്ട് ഊഹിച്ചം കൊണ്ടും അതേപോലെ സംസാരത്തിൽ നേരിട്ട് കാണുന്നതിൽ നിന്ന് ദുഃഖവും കർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്ട് ചിന്തിച്ചു നോക്കിയിട്ട് അനുമാനം കൊണ്ട് സംസാരത്തിൽ നിന്ന് പിരിയുകയും വിവേകം കൊണ്ട് സ്വരൂപത്തിനോട് അടുക്കുകയും ഹനുമാനം കൊണ്ട് ഇത് ഇതരമായിട്ടുള്ളതൊക്കെ ദുഃഖമാണെന്ന് നിശ്ചയിക്കുകയും ചെയ്ത് ഈശ്വര പരിശീലിക്കുന്നവൻ പരിപൂർണ ഭഗവത് നേടി ബ്രഹ്മനിഷ്ഠ നേടി ശരീരത്തിലിരിക്കുമ്പോ തന്നെ ഭഗവത് സ്വരൂപിയായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പരമാത്മസ്വരൂപ സ്ഥിതിയെ നേടിയ ഒരു അവധൂതന്റെ കഥ ഞാൻ പറഞ്ഞു തരാം ഭഗവാൻ പറയാൻ അത്ര മാം അത്ര ഉദാഹരീമം ഇതിഹാസം പുരാതനം അവധൂത സംവാദം യോ അമിതേജസ അവധൂതം ദ്വിജം കഞ്ചിച്ഛരന്ത അഭുഭയം കവിം നിരീക്ഷ്യ തരുണം യുഃ പപ്രച്ചധർമ്മവി ഭഗവാന്റെ മുതുമുത്തച്ഛനായിട്ടുള്ള ആ പരമ്പരയിലുള്ള ഒരു മുതുമുത്തച്ഛനായ യതു മഹാരാജാവ് അതുകൊണ്ടാണ് കൃഷ്ണൻ ജനിച്ച വംശത്തിന് യാദവ വംശം എന്ന് പേര് ധർമ്മശീലസ് എന്ന് ദശമസ്കന്ധം ആരംഭിക്കുമ്പോ തന്നെ യഥോഹോ ധർമ്മശീലസ് എന്ന് പറഞ്ഞു ഈ യഹാരാജാവ് ഒരു അവതൂതനുമായിട്ട് ഒരു സംവാദമുണ്ടായി ഒരു കോൺവെർസേഷൻ ഉണ്ടായി അതാണ് ഭഗവാൻ ഇവിടെ പറയാൻ പോണേ ഇതെവിടെ നടന്നു ഒരു സ്ഥലത്ത് വെച്ച് ഈ അവധൂതനെ യതു മഹാരാജാവ് കാണുന്നു നമ്മുടെ ഒക്കെ ഞങ്ങളുടെ മുത്തശ്ശൻ അങ്ങനെ ചെയ്തു ഞങ്ങളുടെ മുതുമുത്തശ്ശൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ പരമ്പരയിൽ നിന്ന് കഥ പറയുന്ന പോലെ ശ്രീകൃഷ്ണ ഭഗവാനും തന്റെ പരമ്പരയിൽ നിന്നൊരു കഥ പറയുക എന്റെ പൂർവ പൂർവികന്മാർ ആ പൂർവികന്മാരിൽ ശ്രേഷ്ഠനായ യതു മഹാരാജാവ് അദ്ദേഹത്തിന് ഒരു വലിയ ഭാഗ്യമുണ്ടായി ഒരു മഹാത്മാവിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി ജ്ഞാനികളുമായിട്ട് ഒരു സമ്പർക്കം ഒരു പരമ്പരയിൽ ഉണ്ടാകുമ്പോ ആ പരമ്പര മുഴുവൻ പവിത്രമായിട്ട് തീർന്നു ഒരു പക്ഷെ ആ യാദവ വംശത്തിൽ ഭഗവാൻ ജനിച്ചത് എവിടെയോ ആ വംശം പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു പവിത്രമാക്കപ്പെട്ട ആ യാദവ വംശത്തിൽ ആണ് ഭഗവാൻ ജനിക്കണത് ഒരിക്കൽ അവതൂതനെ ഒരു ബ്രാഹ്മണനെ ഏതോ കാണുന്നു രാജാവാണ് രാജാവ് വെച്ചാലോ എല്ലാ സുഖ ഉള്ള ആള് അല്ലെ രാജാവിന് പിന്നെ സുഖത്തിന് വേണ്ടി കേൾക്കണം എല്ലാ സുഖ സമൃദ്ധികളും എന്തും ആഗ്രഹിച്ചതെന്തും പുറമേക്ക് നടത്താനുള്ള ഒരു സൗകര്യമാണല്ലോ ധനം കൊണ്ട് കിട്ടണത് ഒരു ചക്രവർത്തിയാവുമ്പോ അദ്ദേഹത്തിന് ധനത്തിന് യാതൊരു കുറവുമില്ല ഇഷ്ടം പോലെ പണമുണ്ട് എന്തും ചെയ്തു ആളുകളുണ്ട് സുഖസമൃദ്ധമായ ജീവിതം എന്നാലും തൃപ്തിയില്ല അതാണ് ഒരാശ്ചര്യം എല്ലാം ഉണ്ടാവും നമ്മള് വലിയ വലിയ പണക്കാരെ എന്ന് പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ അവരുടെ പേരൊക്കെ വരും നമ്മൾ ഇവിടുന്ന് ആഹാ അവരങ്ങനെയാണ് എങ്ങനെയാണ് വിജയം അവരിടുത്ത് പോയി നോക്കുക ഇതേ നമ്മളെ പോലെയുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് എന്താണെന്ന് പണവും സമൃദ്ധിയും നമ്മളിൽ നിന്ന് പുറത്തിരിക്കണം സുഖം നമ്മളുടെ ഉള്ളിലിരിക്കണം എന്ത് ചെയ്യാൻ പറ്റും യോഗരതോവാ ഭരതോവാ സങ്കരത്തോവാ സങ്കവിഹീന യ്രഹ്മണി രമത്തെ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ എങ്ങനെയുള്ളവനാണെങ്കിലും ആരുടെ ചിത്തം ബ്രഹ്മത്തിൽ രമിക്കുന്നു അവൻ നന്ദതി അവൻ സന്തോഷമായിരിക്കുന്നു ആനന്ദമായിരിക്കുന്നു ആനന്ദമായിട്ടിരിക്കണം പുറമയ്ക്ക് എല്ലാ സമൃദ്ധികളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും സർവം വ്യർത്ഥം മരണസമയേ സാമ്പയേക ചന്ദ്രശേഖരഭാരതി സ്വാമികൾ എഴുതിയൊരു പാട്ടാണ് അദ്ദേഹം പറഞ്ഞു എന്തു വേണമെങ്കിൽ ഉണ്ടാവട്ടെ എന്നാണ് കുബേരനതുല്യം ധനമുണ്ടാവട്ടെ വിത്താതീശ വിത്താതീശപ്രതിമ വസുമാൻ ബോഭവീതുപ്രകാമം സർവത്ര പ്രതിദനായി തീരട്ടെ സൗന്ദര്യം ഉണ്ടാവട്ടെ ആകാശഗമന ശക്തി ഉണ്ടാവട്ടെ സർവം മരണസമയേ സാമ്പയേക സഹായ ജ്ഞാനേശ്വരന്റെ കാലത്ത് ചാങ്ദേവ് എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു മഹാത്മാ അദ്ദേഹം ജ്ഞാനേശ്വരനുമായി സംബന്ധപ്പെട്ട് ജ്ഞാനം അദ്ദേഹത്തിന് ആയിരത്തി വർഷം ജീവിച്ചു അദ്ദേഹം ആയിരത്തി വർഷം ജീവിച്ചിട്ടും എന്ത് കാര്യം ഉള്ളിൽ ശാന്തിയില്ല അദ്ദേഹം യോഗം കൊണ്ട് ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തി ഫലപ്പെടുത്തി ആരോഗ്യം വ്യാധി വരാത്ത ശരീരമാക്കി തീർത്തു എല്ലാം നേടിയെടുത്തിട്ട് ചാങ്ദേവിന് ലാസ്റ്റിൽ ജ്ഞാനേശ്വരന്റെ അടുത്ത് വരുമ്പോ അഭിമാനം പോയില്ല അതേ പറഞ്ഞു കേട്ടു ജ്ഞാനേശ്വരൻ വലിയ മഹാത്മാവാണ് ജ്ഞാനേശ്വരന്റെ അടുത്തേക്ക് അദ്ദേഹം തന്റെ ബലം പ്രകടിപ്പിച്ചുകൊണ്ട് പുലിയുടെ മേലെ കയറിയിരുന്ന് ഒരു പാമ്പിനെ പുലിയുടെ കഴുത്തിൽ കയറായിട്ട് കെട്ടി അതിനെ പിടിച്ചുകൊണ്ട് പുലിയുടെ പുറത്തിരുന്നു കൊണ്ട് ജ്ഞാനേശ്വരന്റെ അടുത്തേക്ക് വരുന്നു ജ്ഞാനേശ്വരൻ നിവൃത്തിനാഥ് മുക്താഭായ് സോപാനന്ദ നാലുപേരും ഒരു കുട്ടിച്ചവരുടെ മേലെ ഇരിക്കുകയാണ് ഒരു ഭിത്തിയുടെ മേലെ ഇരിക്കുകയാണ് ഈ കുട്ടിക്ക് എപ്പോഴും ഉത്സാഹം കൂടുതലാണ് മുക്താബായി ചെറിയ കുട്ടി ഏട്ടനോട് പറഞ്ഞു ഏട്ട അയാൾ പുലിയുടെ മേലെ വരണമെങ്കിൽ നമ്മള് ഭിത്തിയുടെ മേലെ പോണം ജ്ഞാനേശ്വരൻ ഈ ഭിത്തിയോട് നടക്കാൻ ഈ ചുമര് നടന്ന് നടന്നു നടന്നു പോയി പുലി ചാങ്ദേവിന് ചോട്ടലിട്ടിട്ട് പോയി ഇന്ന് ചുമര് നടന്നു വരുന്നത് പുലിയാണെങ്കിലും പേടിക്കും ജ്ഞാനേശ്വരന്റെ ആ യോഗവൈഭവം കണ്ടവ ചാങ്ദേവിന് ജ്ഞാനേശ്വരന് എന്തെങ്കിലുമൊക്കെ എഴുതണം ഒരു പത്രം ഒരു ൽ പേപ്പർ എടുത്തിട്ട് ജ്ഞാനേശ്വരന് എന്ത് എഴുതണം എന്ന് ഇദ്ദേഹത്തിന് പിടിയില്ല ലെറ്റർ എഴുതണമെങ്കിൽ എങ്ങനെ അഡ്രസ് ചെയ്യണം ഇദ്ദേഹം ആയിരത്തി വർഷം പഴക്കമുള്ള ആള് ഈ കുട്ടിക്ക് പതിനേഴ് വയസ്സ് പ്രായം എങ്ങനെ സംബോധന ചെയ്യണം അതിമഹാത്മാന്ന് എഴുതണോ ഗുരുന്ന് എഴുതണോ അല്ല കുട്ടി എന്ന് എഴുതണോ എന്താ ഒന്നും പിടിയില്ല ലാസ്റ്റിൽ അദ്ദേഹം ബ്ലാങ്ക് പേപ്പറായിട്ട് കൊടുത്തയച്ചു ബ്ലാങ്ക് പേപ്പർ ഒന്നുമില്ല പേപ്പറിൽ മുക്താവായി ആ പേപ്പർ വാങ്ങിച്ചിട്ട് പറഞ്ഞു അത്ര ആയിരത്തി അഞ്ഞൂറ് വർഷം ജീവിച്ചിട്ട് ഇദ്ദേഹം ബ്ലാങ്ക് എന്താണ് എല്ലാ ശരീരത്തിൽ ഉണ്ടായിട്ടും ഉള്ളില് പൂർണ്ണത വരുന്നില്ല എല്ലാം പുറമേക്ക് ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ എന്തൊക്കെ തന്നെ ചെയ്താലും ഇതൊക്കെ പുറമേക്കുള്ള പെയിന്റ് അടിക്കലാണ് ഹൃദയം നമ്മൾ ജീവിക്കുന്നത് ഹൃദയത്തിലാണേ പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്നത് നമ്മൾ ശരീരത്തിലാണെന്നാണ് അതാണ് ഈ ശരീരത്തിനെ പോഷിപ്പിച്ച് പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് തന്നെ ജീവിതം പോകും അത് എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും അതിന്റെ ശ്രദ്ധ മുഴുവൻ അവിടെയാണ് എന്നാ അതും ഇപ്പം നമ്മളുടെ നിൽക്കൊന്നുമില്ല അത് അതിന്റെ പാട്ടിൽ പോകും അതിന് കാലം നോക്കിയിട്ട് ഇത്രയധികം നന്ദിയില്ലാത്ത ഒരാൾ വേറെ ആരുമില്ല ഇത്ര കാലം നോക്കി പോഷിപ്പിച്ച് എന്തൊക്കെ ചെയ്തു കുളിപ്പിച്ചു സോപ്പ് ഇട്ട് കൊടുത്തു പൗഡർ ഇട്ട് കൊടുത്തു സെൻറ്റ് അടിച്ചു കൊടുത്തു സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു അവസാനം അത് ഡാറ്റ വാങ്ങിപ്പോകും അപ്പോ പുറമേക്ക് എന്തൊക്കെ സമൃദ്ധി ഉണ്ടെങ്കിലും ശരീരം അല്ലാതെ ഒരു പൂർണ്ണമായ ഒരു മണ്ഡലം നമുക്കുണ്ട് എന്ന് ഊഹിക്കാത്ത ആൾക്ക് സമൃദ്ധി എവിടെ ഉണ്ടാവും അതാണ് യതു മഹാരാജാവിന് എല്ലാം ഉണ്ട് പക്ഷെ ഒക്കെ ശരീരമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേദാന്തം ഞാനോ ഒക്കെ നല്ലവണ്ണം അറിയാം ഇനി അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും എന്നിട്ട് ഒരു തൃപ്തി പോരായ്മയോടുകൂടെ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് തെരുവിൽ ഈ അവധൂതനെ കാണുന്നത് ഈ അവധൂതൻ അവധൂതം ദ്വിജം കഞ്ചി ചരന്തം അകുതോഭയം ബ്രാഹ്മണനാണ് എന്താന്ന് വെച്ചാൽ അപ്പൂണോലൊക്കെ ഇട്ടിരിക്കും ബ്രാഹ്മണന്റെ വേണ്ട വേറെ കാര്യങ്ങളൊന്നും കാണാനില്ല ബ്രഹ്മതേജസ് കൊണ്ട് ജ്വലിക്കുന്നു കവിം ക്രാന്തദർശി കണ്ണു തുറന്നിരിക്കുന്നു ലോകമേ കാണുന്നില്ല എന്നുള്ള ദൃഷ്ടി പ്രജ്ഞയാകുന്ന നേത്രം ഉള്ളിൽ തുറന്നിരിക്കുകയാണ് ബോധമാവുന്ന കണ്ണു ഉള്ളിൽ തുറന്നതുകൊണ്ട് ഏകനാഥ് മഹാരാജ് പറയുന്നു അദ്ദേഹത്തിന്റെ ഏകനാഥ് ഈ ഓരോ കോശം കൊണ്ടും അദ്ദേഹം പ്രപഞ്ചത്തിന് ബ്രഹ്മസ്വരൂപമായി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടാൽ മനസ്സിലാവും ത്രിപുടി ഇല്ല ഉള്ളിലൊരു വ്യക്തിത്വമില്ല ഞാൻ എന്നുള്ള ഒരാളില്ല ഒരു വ്യക്തിത്വം ഇല്ലാതെയാണ് ദൃഷ്ടി അദ്ദേഹത്തിന്റെ സ്വയം വ്യക്തിത്വം ഇല്ലാത്ത ആള് ആരെയൊക്കെ കാണുന്നുവോ അവര് വ്യക്തികളല്ലാതായിട്ട് തീരും സ്വയം വ്യക്തിത്വം ഇല്ലാത്ത ആള് അദ്ദേഹം വ്യക്തി അല്ലാതാക്കി തീർക്കും സത്സംഗം അതാണ് വ്യക്തിത്വം ഇല്ലാത്തവൻ പരമപൂജ്യ സ്വാമിജി എന്നൊക്കെ പറയണമല്ലോ നല്ല സംബോധനയാണ് പരമപൂജ്യം വട്ടപൂജ്യം എന്താ ഒന്നുമില്ല അതില് പരമപൂജ്യം വാസ്തവത്തിലെ പൂജ്യമാണ് ഉള്ളിൽ ആളില്ല ഉള്ളിൽ ആളില്ലെങ്കിൽ അയാളുടെ അടുത്ത് പോകുന്ന നമ്മളും ഒക്കെ ആളല്ലാതായിട്ട് തീരും തൽക്കാലത്തേക്കെങ്കിലും തൽക്കാലത്തേക്കെങ്കിലും ആളല്ലാത്ത ഒരാളുടെ അടുത്ത് പോയി ഇരുന്ന് ആളല്ലാതിരിക്കലാണ് സത്സംഗം ആ വ്യക്തിത്വം മറന്നിരിക്കലാണ് സത്സംഗം ആ വ്യക്തിത്വമില്ലാതെ ഇദ്ദേഹം സഞ്ചരിക്കുന്നു അദ്ദേഹം സ്വയം പൂർണ്ണനായി നിശ്ചലതത്വമായി സഞ്ചരിക്കുന്നു ഈ അവധൂതൻ അകുതോ ഭയം രണ്ടുണ്ടെങ്കിലല്ലേ ഭയം രണ്ടില്ല അവദ്ഭൂതനാണ് ശരീരപ്രജ്ഞയില്ല ശരീരം താഴാണെന്നുള്ള ഭാവമില്ല ബ്രഹ്മ തേജസ് കൊണ്ട് ജ്വലിക്കുന്ന രൂപം തരുണം കവിം തരുണം തരുണം യൗവനം അദ്ദേഹത്തിന് വാർദ്ധക്യമൊന്നും തൊട്ട് തേണ്ടിയിട്ടില്ല എത്ര വയസ്സായി പറയാൻ വയ്യ എന്താന്ന് വെച്ചാൽ ശരീരപ്രജ്ഞ ഇല്ലാത്തതുകൊണ്ട് ശരീരത്തിലെ ഊർജം ഒന്നും നഷ്ടപ്പെട്ടിട്ടേ ഇല്ല ബ്രഹ്മത്തെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു കവിം നിരീക്ഷ്യ തഴുണം യദുഹു പപ്രച്ച ധർമ്മവിത്ത് ധർമ്മമൊക്കെ അറിയുന്ന ആളാണ് യതു എങ്ങനെ ചോദിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം ഏത് പെരുമാറണം എന്ന് അദ്ദേഹത്തിന് അറിയാം പരമവിനയത്തോടുകൂടെ സൗശീല്യ ഗുണാഭിതൃപ്ത സൗശീല്യഭാവത്തോടുകൂടെ ചെന്ന് വീണു നമസ്കരിച്ചുകൊണ്ട് പരമവിനയത്തോടുകൂടെ ആ ബ്രഹ്മനിഷ്ഠനോട് ദത്താത്രേയ മഹർഷിയോട് യദു മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി വരുന്നത് കുധിരിയം ബ്രഹ്മൻ അകർത്തു സുവിശാരദാംമാസാദ്യ ഭവാൻ ലോകം വിദ്വാൻ ശരതി ബാലവത്തിൽ പ്രായോ ധർമാർത്താമേഷും വിവിത്സയാ ഹേതുനൈവ സമീഹന് ആയുഷോ യശസ ശ്രിയ ക്കൽപ്പദക്ഷോ അമൃത ഭഷണ നേഷ സേ കി ജഡോന്മത്തനേഷു ദഹ്യമാനേഷു കാമലോതവാനിപ്പസേ അഗ്നി ഗംഗാഭസ്തവ ദ്പഹ न पृता ब्रह्म आत्मनी आनंदकार्रूह स्पर्श विहन सेवला अंजु श्लोक यदुमहाराजा चोद ई चोद ഏതു വളരെ പക്വസ്ഥിതിയാണ് ഇരിക്കുന്നത് എന്ന് കാണിക്കും ബ്രഹ്മതേജസ് കൊണ്ട് അതിവർണ്ണാശ്രമിയായിരിക്കുന്ന അവധൂതൻ നിരാശ്രമിയായിരിക്കുന്ന അവധൂതൻ അദ്ദേഹത്തിന് ആശ്രമധർമ്മങ്ങളൊന്നുമില്ല പുറമേക്ക് നോക്കിയാൽ സന്യാസിയാണെങ്കിൽ പൂണുകൾ ഉണ്ടാവില്ല ഇദ്ദേഹത്തിന് ബ്രാഹ്മണനായി ജനിച്ചു പൂണോലിട്ട് കൊടുത്തിട്ടുണ്ട് ആ പൂണോലോടുകൂടെ തന്നെ ദ്വിജം കഞ്ചി ചരന്തം അകുതോ ഭയം പുറമേക്ക് നോക്കിയാൽ ലിംഗങ്ങളൊന്നും കണ്ടി സന്യാസിയാണോ ഗൃഹസ്ഥനാണോ ഒന്നും പറയാൻ വയ്യ ആ സ്ഥിതിയിലിരുന്നുകൊണ്ട് അതിവർണ്ണാശ്രമി ആശ്രമമാവതീതൻ യാതൊരാശ്രമവും അദ്ദേഹത്തിനെ ബന്ധിക്കണില്ല ശാന്തിയെ അദ്ദേഹത്തിന്റെ സ്വരൂപമായിട്ടിരിക്കുന്നു സകല യോഗ സാധനകളും അവസാനിപ്പിച്ച പൂർണ്ണത ീ എന്തെങ്കിലും പ്രാപിക്കാൻ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ തോന്നണില്ല എന്തെങ്കിലും ചെയ്യാനുള്ള ധൃതി കൂട്ടലുകൾ അദ്ദേഹത്തിനില്ല രണ്ടാമത് ഒരാളുണ്ട് എന്നുള്ള കോൺഷ്യസ്നസ്സേ അദ്ദേഹത്തിന് ബോധമേ അദ്ദേഹത്തിനില്ല എന്തെങ്കിലും അറിയാനുണ്ട് എന്നുള്ള ജിജ്ഞാസ അദ്ദേഹത്തിനെ വിട്ട് പോയിരിക്കുന്നു വികൽപ്പം അദ്ദേഹത്തിനെ വിട്ട് പോയിരിക്കുന്നു സങ്കല്പം അദ്ദേഹത്തിനെ വിട്ട് പോയിരിക്കുന്നു ദ്വൈതം അദ്ദേഹത്തിനെ വിട്ട് പോയിരിക്കുന്നു അതീവ സഹജമായി സ്വരൂപനിഷ്ഠനായി നിറഞ്ഞ കുടവായിട്ട് വരുന്നു അദ്ദേഹം അപ്പോഴാണ് യതു മഹാരാജാവ് ചെന്ന് ഒരു മഹാത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുന്നു ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ആ അവധൂതൻ പറയുന്നത് നാളെ നമുക്ക് കാണാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം